ഇത് ഓവല്ലേ സലി നീസ് നീസ് കേനാ കേ സ വീമസേ കസൂ ഹബൂ നൈസേ സഹ സസൂ ഹേ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 श्री गुरु निहाल भगवान की जय सत श्री अकाल അഥ ദ് മനസി സമ്പരിക്ഷം യജുഭവേ സോമലോകം സോമലോകിഭൂതിമനുഭൂയ പുനരാവർത്ത ിമാത്ര വിഭാഗിമാരന്ധിമാത്രം ഓങ്കാരത്തെ ധ്യാനിച്ചു കഴിഞ്ഞാൽ സ്വപ്നാത്മകേ മനസ്സിന് മനിനിയെ ചർമ്മയെ സോമദേവത്തെ സമ്പദ് ഏകാഗ്രത ആത്മഭാവം ഗച്ഛതി സോമലോകത്ത് പ്രാപിക്കുന്നു എന്നാണ് അന്തരീക്ഷം ദേവതകൾ ഉപാസകനെ സോമലോക ചന്ദ്രലോകത്തിലെത്തിക്കുന്നു ഉപാസിക്കുന്നവനെ ബ്രഹ്മ ഭൂമിയിൽ തന്നെ എത്തിക്കുന്നു ഉക്കാരമാണെങ്കിൽ സോമലോകത്തിലെത്തിക്കുന്നു സോമ ലോക വിഭൂതി അനുഭവിയ അവിടെ പോയി അവിടുത്തെ വിഭൂതികളെല്ലാം അനുഭവി അനുഭവിച്ചിട്ട് പുനരാവൃത്തതെ വീണ്ടും മനുഷ്യലോകത്തിലേക്ക് വരുന്നു എന്നുവെച്ചാൽ അത് മുക്തി കുതകുന്നില്ല എന്നാണ് ഇത് പലതരത്തിലും വ്യാഖ്യാനിക്കുന്നുണ്ട് മന്ത്രങ്ങൾ എന്താണ് അപാരത്തുപാസിച്ചാൽ ഭൂമിയിലെത്തിച്ചേരും ഉപകാരത്ത് ഉപാസിച്ചാൽ ചന്ദ്രലോകത്തിൽ പോകും എന്നൊക്കെ പറയുന്നത് അങ്ങനെ ഉപാസിക്കുന്നു അങ്ങനെ പോകുന്നു എന്നല്ല വിധിക്കുന്നു അങ്ങനെ ഉപാസിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ലോകത്തിൽ എത്തിച്ചേരാം അങ്ങനെ അകാരത്തോസിക്കുക എന്ന് പറഞ്ഞാൽ വിരാട് ഉപാസന അങ്ങനെ വ്യാഖ്യാനിക്കുന്നുണ്ട് ഉക്കാരത്തോപാസിക്കുക എന്ന് പറഞ്ഞാൽ ഹൃണ്കൽപ്പ് ഉപാസന അങ്ങനെ എല്ലാം വ്യാഖ്യാനിക്കുന്നുണ്ട് യപ്പുണരേതം ത്രിമാത്രേണോമിത്യതേ നെയ്വാക്ഷരേണ പരമപുരുഷം അഭിധ്യായിത यथा पातोदर സ തേജസി സൂര്യസംപന്ന പാദോദര ത്രുച വൈ സപത്മനർമുക്സമഭിതേ ബ്രഹ്മലോകം സ എന്തസ്മാജ്ജീവഘന പരാത് പരം പുരുഷയും പുരുഷമേ തദ്ദേശ്ലോകോഭ പിന്നെ യുനരേതം ത്രിമാത്രം അകാരം മാത്രകളോടുകൂടി പറയുന്നു യപുനരേതം ഓംകാരം ത്രിമാത്രജ്ഞാന വിശിഷ്ടേന ഓമിത്യേത നൈവാക്ഷരേണ ഓമിന പൂർണമായും ഉപാസിക്കുന്നു പരം പുരുഷം പരം സൂര്യാന്തർഗതം പുരുഷം പ്രതീകന വിദ്യായിത സ്വീകരിച്ചുകൊണ്ട് ആന്തർഗതനായ പുരുഷന് ഉപാസിച്ചു കഴിഞ്ഞാൽ പ്രതീകത്വനഹി ആലംബനം പ്രകൃതം ഓങ്കാരസ്യ ഓങ്കാരമാണ് പ്രതീകമായിരിക്കുന്നത് ആ പുരുഷൻ ഊം തന്നെ എന്നിങ്ങനെ ഉപാസിച്ചു കഴിഞ്ഞാൽ सुदा था। था। तेजसे तेजसे सूर्य सूर्य ൃതിർങ്കാരദ്യയ സേജസ്സംപന്നേജസ് സൂര്യീഭവിുന്നു എന്നുവെച്ചാൽ സൂര്യമണ്ഡല അന്തർഗതമായ ചൈതന്യത്തിൽ നിങ്ങൾ സൂര്യൻ ആദിത്യൻ ഉപാധിയായിട്ടുള്ള ചൈതന്യത്തിലേക്ക് ഭവിക്കുന്നു ഉദാഹരണം പറഞ്ഞ് യഥാ പാദോദരഹ സർപ്പം ത്വചാ വിനർമുച്ചതി അതിൻ്റെ പടത്തപ്പൊഴിക്കുന്നത് പോലെ ഈ ഉപാസകൻ പാത്മന വിനർമുക്ത സൂര്യമണ്ഡലത്തെ പ്രാപിച്ച് പാപങ്ങളിൽ മുക്തനായി സമഭിരിയതേ ബ്രഹ്മലോകം അവനെ സമമന്ത്രങ്ങൾ ബ്രഹ്മലോകത്തിലെത്തിക്കുന്നു ആ ഉപാസന പൂർണതയെ കുറിച്ച് പറയുന്നു ഓങ്കാര ഉപാസന പൂർണമാകുക അവൻ ബ്രഹ്മലോകത്തിലെത്തിച്ചേരുന്നു സേതസ്മാ ജീവനാത്വരാശയം പുരുഷമീക്ഷത അവിടെ അവൻ ആ പുരുഷനെ സാക്ഷാത്കരിക്കുന്നു ശ്ലോകോഭൂത അവിടെ നിന്നവൻ മടങ്ങി വരുന്നില്ലെന്നാണ് ബ്രഹ്മലോകത്തിൽ ഓങ്കാരോപാസന പൂർണ്ണമായ ഓങ്കാരോപാസനയിലൂടെ ബ്രഹ്മലോകത്തെ പ്രാപിക്കുന്നവൻ അവിടെ ബ്രഹ്മസാക്ഷാത്കാരത്തിൽ മുക്തനായിത്തീരുന്നു അതെങ്ങനെ മുക്തനായിത്തീരുന്നു ഹേമഹോ യക്ഷേധ ദൃഷ്ടാന്ത സപ്പാത്മന സർപ്പശുദ്ധിരൂപേണ വിരുമുക്ത സാമഭീതൃമാത്രാരൂപ ഊർധമുഞ്ഞിയതേ ഓങ്കാരത്തിന്റെ തൃതീയ മാത്രയുടെ മകാരത്തിന്റെ സ്ഥാനത്താണ് സാമ മന്ത്രങ്ങൾ ആ മന്ത്ര ദേവതകൾ എന്ത് ചെയ്യുന്നു ബ്രഹ്മലോകത്തിലെത്തിക്കുന്നത് ബ്രഹ്മലോകം ഹിരണ്യഗർഭസ്ഥ ഹിരണ്യഗർഭത്തിന്റെ ലോകമാണ് ബ്രഹ്മലോകം സത്യാഖ്യം അതിനെ തന്നെ സത്യലോകം എന്ന് പറയുന്ന പുരാണങ്ങളിൽ സഹിരണ്യഗർഭ സർവേഷാം സംസാരണം ജീവന ആത്മഭൂത ഹിരണ്യഗർഭൻ എന്ന് പറയുന്നത് സർവപ്രാണികളുടെയും ആത്മാവ് തന്നെയാണ് സ്വരൂപം തന്നെയാണ് സന്തരാത്മാ അവൻ തന്നെയാണ് അന്തരാത്മാവായി സർവ്വത്ര ഇരിക്കുന്നത് ലിംഗരൂപേണ സർവഭൂതനാ അത് സൂക്ഷ്മരൂപത്തിൽ സർവപ്രാണികളുടെയും ഉൾ അന്തരാത്മാവായിരിക്കുന്നു എന്നുവെച്ചാൽ സൂക്ഷ്മ ഉപാധിയോടുകൂടിയിരിക്കുന്നു സൂക്ഷ്മ ശരീരമാകുന്ന ഉപാധിയെ ആശ്രയിച്ച് സർവജീവികളുടെയും ഹൃദയത്തിലിരിക്കുന്നു ആണ് ഹിരണിഗർഭൻ സർവാത്മാസ്മീ ലിംഗം ആത്മനി സംഹത സർവേ ജീവാ അതിൽ എന്താണ് സർവ്വ ജീവന്മാരും അതിൽ സമർപ്പിതമായിരിക്കുന്നു തസ്മ സജീവന ഉണ്ട് അവന് ജീവഖനൻ എന്നും പറയും ഇവിടെ ഈശ്വര സർവഭൂതാനാം ഹൃദയച്ച് ഈശ്വരൻ സർവ്വപ്രാണികളെയും ഹൃദയത്തിലിരിക്കുന്നു എന്ന് പറയുന്നു ഈശ്വരൻ ഇരിക്കാനൊരിപ്പടം മൂർത്തമായ വസ്തുക്കൾക്കല്ലേ ഇരിപ്പടം ആവശ്യമായിട്ടുണ്ട് അപ്പോൾ അമൂർത്തമായ വസ്തു എന്തിനാ ഇരിപ്പടം അമൂർത്തമായ ഒന്നിന് ഈശ്വരന് പ്രത്യേകിച്ച് അങ്ങനെ രൂപങ്ങളൊന്നും പറയുന്നില്ല പിന്നെ അവിടെ ഹൃദയത്തിലിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതാണ് അത് ഈശ്വര ചൈതന്യം പ്രകടമാകുന്നതിന്റെ ഒരു ഉപാധി എന്നുള്ള ആലക്ഷ്യം എങ്ങനെയാണോ ശുദ്ധമായ പ്രതലത്തിൽ സൂര്യ ബിംബം പ്രതിബിംബിക്കുന്ന അതുപോലെ അങ്ങനെ ഒരു പ്രകടമാകുന്ന ഒരു ഉപാധിയായിട്ട് സൂക്ഷ്മ ശരീരത്തിവിടെ പറയുന്നു അപ്പോൾ ആ ആ ഉപാധിയെ ആശ്രയിച്ചുകൊണ്ടാണ് ഈശ്വരൻ എല്ലാ ബ്രാഹ്മിൻ സർവഭൂതാനി സർവപ്രാണികളെയും ചലിപ്പിക്കുന്നു പ്രവർത്തിപ്പിക്കുന്നു എന്നെല്ലാം പറയും അതിന് ഈ ഹൃദയമാകുന്ന ഉപാധിയാണ് വാസ്തവത്തിലെന്താണ് അത് സ്വരൂപം തന്നെയാണ് ആരുടെ ജീവന്റെ ഏത് എല്ലാ ജീവന്മാരുടെയും എല്ലാ ജീവന്മാരുടെയും സർവേഷാം സംസാരണ ജീവാനാം ആത്മഭൂതം സർവജീവ ജീവന്മാരുടെയും സ്വരൂപമായിരിക്കുന്നു പക്ഷേ ഉപാധി ഉള്ളതുകൊണ്ട് അതിന് ഹിരണ്യഗർഭനെന്ന് പറയുന്നു തസ്മ സജീവ സവിദ്വാൻ ത്രിമാതൃ ഓങ്കാര അഭിജ്ഞ അതിനുപാസിക്കുന്നവൻ ാഥ ഹിരണിഗർഭരം പരമാത്മാക്കും പുരുഷം ഇച്ഛതേ അവിടെ സൗപാസകൻ പരമാത്മാവിനെ ദർശിക്കുന്നു അത് തന്നെ പരമാത്മാവിനെ ദർശിക്കുന്നു എന്ന് പറഞ്ഞെന്താണ് ആ തൻ്റെ ആത്മഭൂതമായിരിക്കുന്ന ഹിരണിഗർഭനെ പരമാത്മാവായി ദർശിക്കുന്നു അതാണ് ഉപാസകൻ ഹൃദയത്തിൽ സാക്ഷാത്കരിക്കുന്നു എന്നെല്ലാം പറയുന്നു ഹൃദയത്തിനെന്താ വിശേഷ ഹൃദയം എന്ന് പറയുന്നത് അന്ധകർണമാണ് അപ്പോൾ അഹിണികൻ എന്ന് പറയുന്നത് തന്റെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന പരമാത്മാവ തന്നെയാണ് എന്ന് സാക്ഷാത്കരിക്കുന്നു അത് എങ്ങനെ കേവലം തന്റെ ശരീരത്തിൽ അല്ല കുരുശയം സർവശരീരാനുപ്രവിഷ്ടം ഉപാസകൻ സർവശരീരങ്ങളിലും അനുപ്രവേശം ചെയ്തിരിക്കുന്ന ആ ചൈതന്യത്തെ സർവാത്മാവായി കാണുന്നു താനും അതാണ് തന്റെ ഹൃദയത്തിലും അത് തന്നെയാണ് സർവശരീരങ്ങളിലും അതുതന്നെയാണ് ഇരിക്കുന്നത് തദ്തസ്മിൻ യഥോക്താർത്ഥപ്രകാശം മന്ത്രോഭൂത ഇക്കാര്യത്തേ ഇനി വരുന്ന മന്ത്രങ്ങൾ വ്യക്തമാക്കുന്നു അപ്പോൾ ഉപാസന പൂർണ്ണമാണെങ്കിൽ ഫലവും പൂർണ്ണമായിരിക്കും ഞാനിവിടെ പറയുന്നു ഉപാസന അപൂർണമാണെങ്കിൽ ഫലവും അപൂർണമായിരിക്കും ഇവിടെ പറയുന്ന ഉപാസനയുടെ പൂർണ്ണത എന്ന് പറയുന്നത് എന്താണ് ഓങ്കാരത്തെ പൂർണ്ണമായി ഉപാസിക്കും വേർട്ട് വേറിട്ടകാരം അകാരങ്ങളെന്താണ് അങ്ങനെ ഉപാസിക്കുന്നുമുണ്ട് ആ ഉപാസനതിൻ്റെ പൂർണ്ണ ഫലം കിട്ടുന്നു ബ്രഹ്മലോക പ്രാപ്തി മുക്തി ആ ബ്രഹ്മഭുനാ പുനരാവൃത്തിനു വെച്ച് അവിടെ ബ്രഹ്മലോക പര്യന്തം തിരിച്ചു വരും ബ്രഹ്മലോകത്തെ പ്രാപിച്ചു കഴിഞ്ഞാൽ തിരിച്ചു വരും അതോടെ പറയുന്നു മാം ഉപേത്യു കൗന്തേയ പുനർജന്മന വിദ്യ ഇവിടെ പറഞ്ഞു എന്നെ പ്രാപിച്ചു കഴിഞ്ഞാൽ അവിടെ പ്രാപിക്കാന്ന് പറഞ്ഞെന്താണിവിടെ പറയുന്നു ആ വിരണ്യഗർഭനെ പരമാത്മാവായി സാക്ഷാത്രിച്ചാൽ ോകത്തിന് രണ്ടാട് സംഭവ ഏവ ലോകം ബ്രഹ്മം തന്നെ ലോകം ഇവിടെ പറയുന്നത് ബ്രഹ്മം എന്ന് പറയുന്നത് ഹിരണി ഗർഭൻ ഹിരണ്യഗർഭന്റെ ലോകം മനുഷ്യലോകമെന്ന് പറയുന്ന പോലെ തന്നെ പ്രത്യേക ഒരു ലോകമുണ്ടെന്ന് പറയുന്നു ഏതാനും അവിടെ സാക്ഷാത്കരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അടുത്ത് പുനർജന്മമില്ല എന്നുള്ളത് ഉറപ്പിക്കുകയാണ് ബ്രഹ്മലോകത്തിലൂടെ ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കുന്നവൻ അവൻ പുനർജന്മമില്ല ഈ ലോകത്തിലെങ്ങനെയാണോ ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കുന്നത് അതുപോലെ ബ്രഹ്മലോകമെന്ന് പറയുന്ന ഒരു ലോകമുണ്ടെന്നും അവിടെ ജീവൻ മരണശേഷി എത്തിച്ചേർന്ന് അവിടെ ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കുന്നുവെന്നും പറയുന്നുണ്ട് ഈ ലോകത്തിലെ മുക്തി ഉള്ളൂ എന്ന് പറയുന്നതോ അപ്പോൾ ബ്രഹ്മലോകത്തെ പ്രാപിക്കുന്നതിനുള്ള സാധന ഉപാസന അത് ഈ ലോകത്തിലെ സാധ്യമാകും അതുകൊണ്ട് മുക്തി തന്നെയാണ് പക്ഷെ അതിനുള്ള ഇവിടെ അനുഷ്ഠിക്കും അവിടെ ചെന്ന് കഴിഞ്ഞാൽ കൽപ്പാന്തം ഭിരണിഗർഭലോകത്ത് കഴിഞ്ഞിട്ട് കല്പാന്തം അന്ത്യത്തിൽ അവിടെ നിന്ന് എന്ന് പറയുന്നു मृत्युम्त्तिशक्ता क्रियासु बाहर धस मकाराख्यंगारण मूंद അകാരം അകാരങ്ങൾ മൃത്യുമത്യഹരോ ഇനി ഉപാസിച്ചു കഴിഞ്ഞാലോ മൃത്യുമത്യഹ മൃത്യസാംസ താമൃത്യമത്യഹ മൃത്യുഗോചരം താമൃത്യുഗോചര മൂന്ന് മാത്രമുണ്ട് അതിനെ വേറിട്ട് വേറിട്ട് ഉപാസിച്ചു കഴിഞ്ഞാൽ മരണം തന്നെ എന്ന് വെച്ച മൃത്യു പിന്നെ അതിക്രമിക്കാൻ കഴിയുന്നില്ല എന്നർത്ഥം താത്മനോധ്യായക്രിയാസുപ്രയുക്താഹ എന്നാൽ അത് ഇതേ മാത്രമല്ല തന്നെ ആത്മധ്യാനത്തിന് ആത്മ ഉപാസനയ്ക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുകയാണെങ്കിൽ കിഞ്ച് അന്യോന്യസക്ത ഇതരേതര സംബന്ധ അകാരോപകാരം അകാരങ്ങളെ ഒരുമിച്ച് അനവിപ്രയുക്ത വിശേഷനെ ഏകേക വിഷയം തഥാപ്രയുക്ത അവിപ്രയുക്ത പ്രത്യേകിച്ച് അതിനെ പ്രയോഗിക്കാതെ അകാരം ഉകാരം അകാരം എന്നിങ്ങനെ പ്രത്യേകിച്ച് ഉപാസിക്കാതെ അതാണ് അനഭിപ്രയുക്ത ഒരുമിച്ച് പാസിച്ചു കഴിഞ്ഞാൽ ഓരോന്നോരോന്നാണെങ്കിൽ മുക്തിയെ പ്രാപിക്കുന്നില്ല മറിച്ച് ഇവ പരസ്പരം ബന്ധപ്പെട്ടതാണ് അകാരവകാരം ആകാരങ്ങൾ ഓങ്കാരത്തില് ഒരുമിച്ച് ഉപസിച്ചു കഴിഞ്ഞാൽ എന്താണ് വിശേഷണ ഏകൈകസ്മിൻ ധ്യാനകാല മധ്യമാസു ജാഗ്രസ്വത്തിന് സുഷുസ്ഥാന പുരുഷാഭിസു അഭിസുക്രിയയിൽ ഉപയോഗിക്കുക എന്ന് പറഞ്ഞെന്താണ് ജാഗ്രത സ്വപ്ന സുഷു എന്ന് പറയുന്ന ബാഹ്യാഭ്യന്തര മധ്യമങ്ങളിൽ ബാഹ്യം ജാഗ്രത മധ്യമ സ്വപ്നം സുഹൃത്തി അവസാനം അവിടെയുള്ള പുരുഷന്മാരെ ധ്യാനിച്ചാൽ ഇതുകൊണ്ട് ജാഗ്രത സ്വപ്ന സുഹൃത്തികളായിടത്തും കൊണ്ടുള്ള പുരുഷൻ ജാഗ്രത സ്വപ്നത്തിൽ സുഹൃത്തിയുണ്ട് ആ പുരുഷന്മാരെ ധ്യാനിച്ചു കഴിഞ്ഞാൽ സമ്യക് ധ്യാനകാലി അങ്ങനെ ശരിയായ രീതിയിൽ ധ്യാനിച്ചു കഴിഞ്ഞാൽ പ്രിയോജിദാസ് എന്ന കമ്പുദീകാരന് ഇളക്ക സംഭവിക്കുന്നില്ല സംസാരം സംഭവിക്കുന്നില്ല അവൻ മുക്തനായിത്തീരുന്നു സഹസ്ഥാന ഓങ്കാരാത്മരൂപേണ ദുഷ്ട സഹ്യം വിദ്വാൻ സർവാത്മഭൂത ഓങ്കാരമുതോ ചലയത് കസ്വാ അവന് പിന്നെ ബ്രഹ്മലോകത്തിൽ നിന്നവന് പുറത്തു പോകേണ്ട അവൻ ബ്രഹ്മലോകത്തെ പ്രാപിച്ച് ബ്രഹ്മത്തെ ധ്യാനിച്ച് മുക്തിയെ പ്രാപിക്കുന്നു അവൻ കമ്പനം ഇളക്കം ചലനം സംഭവിക്കുന്നുണ്ട് ഉപാസനയിലൂടെ ഈ മുക്തിയെ പറയില്ല പക്ഷെ ഉപാസനയിലൂടെ ആ മുക്തി എന്ന് പറയുന്നത് ആ ഉപാസന പൂർണമാകണം അവിടെ ചെന്ന് കൽപ്പാന്തത്തിൽ പ്രതിസഞ്ചരി മഹാപ്രളയം സംഭവിക്കുമ്പോൾ ആ കൽപാന്തം വരെ ബ്രഹ്മണ സഹത്യ സർവീ ഇങ്ങനെ ഈ ഓങ്കാരോപാസകന്മാരാൽ എല്ലാവരും ബ്രഹ്മത്തിനോട് ഒത്തുകൂടി ഹിരണ്യഗർഭനോട് ഒത്തുകൂടി അവിടെ എല്ലാവർക്കും ഹിരണ്യഗർഭൻ തന്നെ വീണ്ടും തത്തുമസി ഉപദേശിക്കുന്നു അവിടെ അവർ ജ്ഞാനികളായി മുക്തരായിത്തീരുന്നു ഇങ്ങനെയൊക്കെ പറയുന്നു ഓ ഹിരണ്യഗർഭലോകത്തിലും മുക്തിയാകാം എന്നാ പറയുന്നു രണ്ട് മന്ത്രങ്ങളുണ്ട് അടുത്ത മന്ത്രം അതിന് പറയുന്നു അമൃതം അഭയം പരം ചേ തീ തന്നെ പറയുന്നു ഉപാസകനും ഓങ്കാരത്തെ പൂർണമായി ഉപാസിക്കുന്നവൻ അവനും ബ്രഹ്മലോകത്തിലെത്തിച്ചേർന്ന് മുക്തിയെ പ്രാപിക്കുന്നു ദേവതകൾ ഉപാസകനെ അപൂർണമായ ഉപാസകനേദം ഈ ലോകത്തിലെത്തിക്കുന്നു മനുഷ്യലോകം മനുഷ്യപലക്ഷിതം ഈ മനുഷ്യ ലോകത്തിലെത്തി എത്തിക്കുന്നു യജുഭിർ അന്തരീക്ഷം സോമാധിഷ്ഠിതം ദേവതകൾ എന്ത് ചെയ്യുന്നു ഉക്കാരം മാത്രം ഉപാസിക്കുന്നവനെ അവിടെ എത്തിക്കുന്നു ചന്ദ്രലോകത്തിലെത്തിച്ചേരുന്നു അവിടെയൊക്കെ തിരിച്ചു പറഞ്ഞു സാമഭിർ എത്ത ബ്രഹ്മലോകം സാമമന്ത്രങ്ങൾ അവനെ ബ്രഹ്മലോകത്തിലെത്തിക്കുകയായിരുന്നു ആ ദേവതകൾ തൃതീയം കവിയോ മേധാവിനോ വിദ്യാ വിദ്വാംസോ വേദയന്തിയോ വാസകന്മാർ എല്ലാവർക്കും അറിയാൻ കഴിയില്ല ഉപാസകൻ അറിയുന്നു വിദ്യാവന്തം വിദ്വാംസം അവരറിയുന്നു ഇതെല്ലാം എങ്ങനെ അറിയാമെന്ന് ഇവിടെ ചന്ദ്രലോകത്തിൽ പോകുന്നു ഭൂമി വരുന്നു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മരിച്ചാൽ പിന്നെ ഒന്നും അറിയാൻ പറ്റുന്നില്ല മരിച്ചു കഴിഞ്ഞാൽ തോന്നുന്നു ഇതൊക്കെ എങ്ങനെ അറിയാൻ കഴിയും എന്താ ഉറപ്പ് ഇതിനൊക്കെ ഒരു മാത്ര ഉപാസി കഴിഞ്ഞാൽ ഈ ലോകത്ത് വരുന്നു രണ്ടാമത്തെ മാതൃക ചന്ദ്രലോകം പൂർണ്ണ മാത്രയിൽ ബ്രഹ്മലോകം ഇതൊക്കെ എങ്ങനെ അറിയാൻ പറ്റി പറയുന്നത് അത് ഉപാസകൻ അറിയാൻ കഴിയും എല്ലാവർക്കും അറിയാൻ കഴിയില്ല എല്ലാവരും എല്ലാം അറിയണമെന്നില്ലല്ലോ ഈ ഭാഗത്തെ കുറിച്ച് പല വ്യാഖ്യാതാക്കളും പറയും <coughs> ീ പറയുന്നൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല കാരണം ഇതിന് പ്രത്യേകിച്ചൊരു യുക്തി ഒന്നും പറയാൻ പറ്റുന്നില്ല അദ്വൈതബോധം എന്ന് പറയുമ്പോ പറയുന്നതിന് യുക്തിയുണ്ട് സച്ചിദാനന്ദയുന്നതിന് യുക്തി പറയും വെറുതെ അങ്ങ് ആ യുക്തിയിലൂടെ ബോധ്യപ്പെടുത്തുന്നൊണ്ടാണ് ആ അത് ശരി യുക്തിയിലൂടെ ബോധ്യപ്പെടുത്തുന്നത് അസ്വാനുഭവമാകാം എന്ന് യുക്തിയിലൂടെ ബോധ്യപ്പെടുത്താത്ത ഒന്നിനു സ്വാനുഭവം പ്രാമാണികമല്ല സ്വാനുഭവം പ്രാമാണികമാകണമെങ്കിൽ തന്നെ യുക്തിയുടെ ബോധ്യപ്പെടുത്തുക അങ്ങനെ സംഭവിക്കാം ജാഗ്ര സ്വപ്ന സുഹൃത്തുക്കളെയൊക്കെ വിശകലനം ചെയ്ത് തത്വത്തെ സ്വാംശീകരിക്കുമ്പോൾ യുക്തിയിലൂടെ ബോധ്യപ്പെടുകയാണ് അതാനുഭവമാവുന്നതുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ ആന്തരികമാണ് അതുകൊണ്ട് അദ്വൈതത്തിൽ പറയുന്ന കാര്യങ്ങൾ അത് സ്വയം ആന്തരികമായി ഓരോരുത്തരോടും അനുഭവിക്കുന്ന കാര്യങ്ങളാണ് അവിടെ പിന്നെ കേവലം വിശ്വാസത്തിൻ്റെ ആവശ്യ ചില കാര്യങ്ങളുണ്ട് വിശ്വാസത്തിലൂടെ ബോധ്യപ്പെടും കേവലം വിശ്വാസം പക്ഷെ അതെല്ലാവർക്കും സാധ്യമല്ല വേദമെന്തു പറയുന്നു അത് സത്യമാണ് അതിലത്തിന്റെ രേശം പോലുമില്ല എന്നൊക്കെ വിശ്വസിക്കുന്നവനും ദൃഢമായി വിശ്വസിക്കുന്നവനും സ്വർഗമുണ്ടെന്നും മരിച്ചു കഴിഞ്ഞാൽ അവിടെ പോകാമെന്നൊക്കെ കരുതി ഇവിടെ കർമ്മം ചെയ്യാം അത് വിശ്വാസമാണ് പക്ഷേ ഈ അകാരത്വ ഉപാസ്യ ലോകം അകാരത്തെ ഉപാസ്യ സോമലോകം സമ്പൂർണ്ണ ഉപാസനയിൽ ബ്രഹ്മലോകം ഇതിനൊക്കെ ഉണ്ടായി വിശ്വാസമൊന്നു ചെയ്ത് എങ്ങനെ വിശ്വസിക്കും വിശ്വസിക്കാം ആസ്തികന്മാർ വേദത്തിലെന്ത് പറയുന്നോ അത് മുഴുവൻ സത്യമാണെന്ന് ദൃഢമായി വിശ്വസിക്കുന്നവർക്ക് ശരി അവർക്ക് വിശ്വസിക്കാം വേദത്തെ പ്രമാണമായി സ്വീകരിക്കുന്നവർ പക്ഷെ അല്ലാത്തവർ അങ്ങനെ വിശ്വസിക്കും ഇപ്പോൾ ഇവിടെ ഈ പറയുന്ന ഉപാസനാരീതികൾ ഇതൊക്കെ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഫലമുണ്ടാകും ഫലമുണ്ടാകും ലോകത്ത് പോകും ഈ കാര്യങ്ങളൊക്കെ യുക്തിക്ക് നിരക്കുന്ന കാര്യങ്ങളല്ല യുക്തി അവിടെ കടത്താൻ പറ്റില്ല അതീന്ദ്രിയമായ വിഷയങ്ങളെങ്ങനെ യുക്തി പ്രവർത്തിക്കുന്നത് യുക്തി സാധ്യമല്ല വിശ്വാസമാണെങ്കിൽ എല്ലാവർക്കും ഉണ്ടാകത്തുമില്ല ഇതങ്ങനെ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു ഇങ്ങനെയല്ല എന്ന് പറയുന്നു അത് ആരാണ് ഉപാസകന്മാർ അവർക്ക് വെളിപ്പെടുന്നു അപ്പോൾ ഇത് ശരിയാണെന്ന് കരുതണമെങ്കിൽ ഉപാസകന്മാരിൽ വിശ്വസിക്കേണ്ടി വര ഉപാസകന്മാരെന്ന് പറയുന്നത് പൂർവ്വകാല ഗുരുക്കന്മാരാണ് അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് വിശ്വസിക്കുക അത്രയേ ഉള്ളു വേറെ വഴിയൊന്നുമില്ല അദ്ദേഹത്തെ സംബന്ധിച്ച് അങ്ങനെയല്ല ഇന്ന പറഞ്ഞതുകൊണ്ട് വിശ്വസിക്കുന്നു ഇന്ന ഗുരു പറഞ്ഞതുകൊണ്ട് ശരിയാണ് ഇന്ന ഗുരു പറഞ്ഞോണ്ടതു കൊണ്ട് ശരിയല്ല അങ്ങനെയല്ല അത് ഇതൊന്നും തൊഴില സർവസാധാരണമായ അനുഭവമാണ് അത് വക്താവ് ഉപദേശിക്കുമ്പോൾ ശ്രോതാവ് ഗ്രഹിക്കുമ്പോൾ അയാളുടെ ഈ അനുഭവമാണ് അറിവാണ് അനുഭവ അനുഭവം വെച്ച അറിവാണ് എന്തുകൊണ്ടാണ് അത് ആന്തരികമായതുകൊണ്ടാണ് ഇത് ബാഹ്യമായ ലോകങ്ങളെ കുറിച്ച് പറഞ്ഞാൽ അവിടെ ഒരു ലോകമുണ്ട് ഇവിടെ ഒരു ലോകമുണ്ട് അവിടെ പോകും അതെല്ലാം എന്താണെന്ന് പറയുന്നത് ഇതൊക്കെ വിദ്വാൻമാരുടെ അനുഭവമാണ് ഉപാസകന്മാർ ഇങ്ങനെയൊക്കെ പോയിരിക്കുന്നു അവരുടെ അനുഭവത്തെ രേഖപ്പെടുത്തിയിരിക്കുന്നു ഇന്ന് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഉപാസന ഇല്ലെങ്കിൽ നമുക്ക് കേവലം വിശ്വസിക്കാനേ പറ്റും ഉപാസന ഉള്ളവർക്ക് അത് അനുഭവമാണ് ഉപാസനയുടെ ഫലമൊന്നുള്ള ആലിക്ക് ഈ ലോകങ്ങളെല്ലാം അനുഭവമാണ് അതാണ് പറയുന്നത് ബ്രഹ്മം അങ്ങനെയാണോ വിദ്വാൻ അനുഭവമായിരിക്കുന്നത് അതുപോലെ ഉപാസകനും ഉപാസനയുടെ ഫലമായ ലോകങ്ങളെല്ലാം അനുഭവമായിരിക്കുന്നു സ്വർഗ്ഗ നരകങ്ങളെല്ലാം അങ്ങനെ അവര് രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ് പറയുന്നത് എന്താ സർവ്വസാധാരണമല്ലം ത്രിവിധം ലോകം ഓങ്കാരേന സാധനേന അപരബ്രഹ്മ ലക്ഷണം അന്യേതി അനുഗ്രദ് അപരബ്രഹ്മെ പ്രാപിക്കുന്നു മൂന്നു തരത്തിലുള്ള ഉപാസനയിലൂടെ തേനൈ ഓങ്കാരേണരം അക്ഷര സത്യം പുരുഷാഖ്യം ശാന്തം വിമുക്തം ജാഗ്രസ്വപ്ന സുശക്തി ആദിവിശേഷ സർവപ്രപഞ്ച വിവർജിതം അതേവാചരം ജരാവർജിതം അമൃതം മൃത്യു വർജിതം അതേവ ഇസ്മ ജരാക്രിയാ ദുർഹിതം അത് അഭയം അതിന്റെ പരമമായ അവസ്ഥയെക്കുറിച്ച് പറയുന്നു അതേ ഓങ്കാരം കൊണ്ട് തന്നെ ഏതൊരു കൊണ്ടാണോ മനുഷ്യരോഗങ്ങളെ പ്രാപിക്കുന്നത് അതേ ഓങ്കാരം തന്നെ അതിന്റെ പൂർണ്ണമായ ഉപാസന കൊണ്ട് തത്പരം ബ്രഹ്മക്ഷര സത്യം ബ്രഹ്മം അക്ഷരം സത്യം പുരുഷൻ ശാന്തം അതിശാന്തമാണ് വിമുക്തമാണ് സർവ സാംസ്ാരിക ധർമ്മങ്ങളിൽ നിന്നും വിമുക്തമാണ് ജാഗ്രത സ്വപ്ന സുഷുക്തിയാദിവിശേഷ അതിന് ജാഗ്രതെന്നോ സ്വപ്നമെന്നോ സുഷുപ്തി എന്ന അവസ്ഥകളായിട്ട് വിശേഷിപ്പിക്കാൻ വയ്യ എന്തുകൊണ്ട് സർവവിശേഷ വർജിതമാണ് സ്വപ്നം സുഷുപ്തി സർവ്വസാധാരണമായ അനുഭവം എന്നുള്ള ആലയ്ക്ക് പറയണം അല്ലാതെ പരമാർത്ഥ തത്വം എന്നുള്ള ജാഗ്രത സ്വപ്ന സുഷുതി വിശേഷ പ്രപഞ്ചം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എല്ലാത്തിനും ചേർത്ത് കാരണം ജാഗ്രത സ്വപ്ന സുഷുതിയുള്ള തത്വത്തെ എടുത്തു കഴിഞ്ഞാൽ അത് പരമാർത്ഥമാണ് പക്ഷേ ജാഗ്രതയിൽ തന്നെ എന്താണ് ഈ കാണുന്ന ദൃശ്യാനുഭവം എടുത്തു കഴിഞ്ഞാൽ അത് പ്രപഞ്ചം സ്വപ്നത്തിലെ ദൃശ്യാനുഭവം എടുത്തു കഴിഞ്ഞാൽ അത് പ്രപഞ്ചം സുഷുതിയിലെ അവ്യാകൃത ഭാവം കൂടെ വിശദീകരിച്ചുള്ള പ്രാണൻ പ്രവർത്തിക്കുന്നു ശരീരം പ്രവർത്തിക്കുന്നു എന്നെല്ലാം പറഞ്ഞ് ആ അവ്യാകൃത ബാധക്കെടുത്തു കഴിഞ്ഞാൽ പ്രപഞ്ചം ഒരിടത്ത് തന്നെ സത്യവും അവിടെ തന്നെ പ്രപഞ്ചവും ഉണ്ട് സ്വരൂപദൃഷ്ടിയില് ജാഗ്രസത്വ സൃഷ്ടികളെല്ലാം പരമാർത്ഥ തത്വം അവസ്ഥാദൃഷ്ടിയില് ഇതെല്ലാം പ്രപഞ്ചം ഇത് വിവർജിതമായിരിക്കുന്ന എന്താണ് ശാന്തം വിമുക്തം അപ്പൊ ഇവിടെ ഇങ്ങനെ ഓങ്കാരത്തിന്റെ ഓരോ മാത്രകൾ അതിന്റെ ഉപാസനകളുടെ ഓരോ ലോകം എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും അതിന്റെ പരബ്രഹ്മപ്രാപ്തി എന്ന് പറയുമ്പോൾ ആ പരലോകം പരലോകത്തെ പ്രാപിക്കുന്ന ഉപാസനകൾ അതെല്ലാം പെട്ടിട്ട് ഇവിടെ വീണ്ടും പുരുഷനിലേക്ക് എന്ന് ആ പുരുഷനെന്ന് പറയുന്നത് ബംഗാർ ഉപാസനയിലൂടെ പ്രാപിക്കുന്നു അത്യന്തമായി ആ പരംപുരുഷൻ ബ്രഹ്മ എന്ന് പറയുന്നത് സത്യം അത് സ്വരൂപമായ അശാന്തമായ വിമുക്തമായ തത്വം എന്ന് പറയുന്നത് വർജിതം അതേവാചരം ചരാവർജിതം എന്ന് പറയുമ്പോൾ ശരീരമായി അമൃതം മൃത്യു എന്നെല്ലാം പറയുമ്പോൾ ഈ ലോകം മനുഷ്യലോകത്തിൽ നിന്നപ്പുറമുള്ള ഒരു ലോകത്തിൽ പോയി അവിടുത്തെ ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കുന്നില്ല ജരാമരണങ്ങളെല്ലാം ഇവിടെയാണ് ജരാമരണവർജിതമായിരിക്കുന്ന വൃത്തിവർജിതമായിരിക്കുന്ന ആ തത്വം തന്റെ സ്വരൂപം തന്നെയാണ് അതേ ജരാവിക്രിയാ അഭയം അത് ഭയശൂന്യമാണ് സംസാരഭയമാണ് ഉപാസനയ്ക്കായാലും ജ്ഞാനത്തിനായാലും എല്ലാം ജീവനെ പ്രേരിപ്പിക്കുന്നു സംസാരം ഭയം ജനന മരണങ്ങളെ സംബന്ധിച്ചുള്ള ഭയമല്ല അത് വിവേകികൾക്കേ ഉള്ളൂ അല്ലാതെ തന്നെ ഈ ജീവിതത്തിൽ തന്നെയുള്ള ഭയങ്ങൾ പ്രതികൂലതകൾ ഉള്ള ഭയം നാശത്തെക്കുറിച്ചുള്ള നഷ്ടത്തെക്കുറിച്ചുള്ള ഭയം പരാജയത്തെക്കുറിച്ചുള്ള ഭയം അങ്ങനെ എന്തൊക്കെ പ്രതികൂലമുണ്ടോ അതിനെക്കുറിച്ചുള്ള ഭയം ആ ഭയം എന്ന് പറയുന്നത് അഭയസ്വരൂപമായ ഈ തത്വത്തെ ശാന്തമായ തത്വത്തെ സാക്ഷാത്കരിച്ചിരിക്കുന്നവന് പിന്നെ ഭയമില്ല അവൻ അഭയസ്വരൂപനായിരിക്കുന്നു നിർഭയനായിരിക്കുന്നു അതവൻ്റെ സ്വരൂപം തന്നെയായിരിക്കുന്നു അതുകൊണ്ടാണ് അതിന് ആനന്ദമെന്ന് പറയുന്നത് അഭയരൂപത്തിലുള്ള ആനന്ദ രൂപത്തിലുള്ള അതിന്റെ സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവന് പിന്നെ ഈ ലോകത്തെന്തിനും ഭയക്കാനാണ് യസ്മാദേവകായും യസ്മാഅത് പരം ദൃശ്യം അത് അഭയമാണ് അതുകൊണ്ട് തന്നെ എന്താണ് നിരദിശയമാണ് അതിൽ പരം അപരം എന്നുള്ള ഭേദമില്ല ഏറ്റക്കുറച്ചിലെ പൂർണമെന്ന് പറയുന്നു അവൻ പൂർണനായിരിക്കുന്നു ഈ തത്വത്തെ സാക്ഷാത്കരിച്ചിരിക്കുന്നവൻ അവന് ഒരു തരത്തിലുള്ള അപൂർണതകളും ശേഷിക്കുന്നില്ല അവൻ പൂർണ്ണനായിരിക്കുന്നു തഥപ്യൂങ്കാരേണ ആയുധനേന്ന് ആഗമനസാധനേന്ന് അന്യദിത്യർത്ഥമായി ഓങ്കാരോപാസന കൊണ്ട് അങ്ങനെയുള്ള അഭയരൂപത്തിലുള്ള നിർദ്ദേശീയമായ ബ്രഹ്മത്തെ പ്രാപിക്കാം അത് നേരിട്ടല്ല ബ്രഹ്മലോകത്തിൽ പോയി അവിടെ നിന്ന് സാധിക്കുന്നു നടത്തിയത് ശബ്ദോവാക്യ പരസമാപ്ത്യർത്ഥി ഉപാസനയെക്കുറിച്ച് പറയുന്നു ജ്ഞാനത്തിന്റെ ഫലം തന്നെ ആത്യന്തികമായി ഉപാസനയുടെയും ഫലം അഥ ഹനം സുശ ഭരദ്ജ ഭഗവൻ ഹരണ്യനാഭ കൗസല്യോ രാജപുത്രോ മാം ഉപേത്യ ഏതം പ്രശ്നം അപൃദദോലം ഭാരദ്വാജ പുരുഷം വേത്ഥമ കുമാരമ്രുവം നഹമിമം വേദ എഹി അവേദം കഥം തേ നക്ഷി സമൂലോ എഷ പരിശിഷ്യതിവദത്തി തസ്മാനഹാമി അനൃതം വക്തം സ തൂഷണീവിരഥമാരുഹ്യ പ്രവ്രാജ തം ച്ഛാമി അടുത്ത് സുകേശൻ എന്ന ഭാരജൻ ചോദിക്കുകയാണ് ഭരദ്വാജപുത്രൻ ചോദിക്കുകയാണ് ഭഗവാൻ വിപുലാഥനോട് ഹിരണ്യനാഭ പറയാണ് ഹിരണ്യനാഭ കൗസല്യ രാജപുത്രൻ ഒരു ക്ഷത്രിയ രാജകുമാരൻ ഹിരണ്യനാഭനാണ് കൗസല്യനാണ് എന്നെ സമീപിച്ചു കൗസല ദേശത്തുള്ളത് കൊണ്ടാണ് കൗസല്യൻ എന്ന് പേര് വന്നത് രാജപുത്രനാണ് ക്ഷത്രിയ രാജകുമാരനാണ് എന്റെ അടുത്ത് വന്നു വന്ന് മാവുപയത്യേതം പ്രശ്നം അമർച്ച ഒരു ചോദ്യം എന്നോട് ചോദിച്ചു എന്താണ് ഷോഡശ കലം ഭരദ്വാജ അല്ലയോ മഹർഷി ഷോഡശ കലകളുള്ള പതിനാറ് കലകളുള്ള ഇന്നടുത്ത് പറയും പ്രാണൻ ശ്രദ്ധ പൃഥ്വിഅ എന്നെല്ലാം പറയുന്ന പതിനാറ് കലകളോട് കൂടിയ ആ പുരുഷൻ വേദ് ആ പുരുഷനെ നീ അറിയുന്നുണ്ടോ നീ ഉപാസിക്കുന്നുണ്ടോ മഹം കുമാരം പക്ഷെ ഞാൻ എന്ത് ചെയ്തു ആ കുമാരനോട് പറഞ്ഞു അബർവൻ ക്ഷത്രിയകുമാരനോടുകൂടി ഞാൻ പറയും നാഹുമിമം വേദ എനിക്കൊന്നും അറിയത്തില്ല നീ ചോദിക്കുന്ന ഈ പതിനാറ് കലയൊന്നും എനിക്കറിയത്തില്ല യദ്യഹമിമം അവേദം എനിക്കറിയാമായിരുന്നു എങ്കിൽ കഥം തേന്ന് അവക്ഷ്യം പറയാതിരിക്കുന്ന സ്വഭാവം എനിക്കില്ല തീർച്ചയായും ഞാൻ പറഞ്ഞു പക്ഷെ എനിക്കത് അറിയത്തില്ല സമൂലവായ ശപരിശിക്ഷിത ഞാനീ പറയുന്നത് സത്യമായിട്ടും സത്യമാണ് പറയുന്നു അല്ല ഞാൻ നിന്നോട് കള്ളം പറയുകയല്ല അറിഞ്ഞു വെച്ചുകൊണ്ട് ഉപദേശിക്കാതിരിക്കുകയല്ല പറയുന്നു എന്തുകൊണ്ട് സമൂലം നശിച്ചു പോകും യുവാദം അഭിവദ്ധതി ആരാണോ അസത്യം പറയുന്നവൻ പൂർണമായും നശിക്കും അസത്യത്തിന്റെ ഫലം നാശമാണ് എന്നെനിക്കറിയാം കാരണം ഞാനൊരു ഉപാസകനാണ് ഉപാസകൻ ഒരിക്കലും കള്ളം പറയാൻ പാടില്ല അന്നുമ്പോൾ പറഞ്ഞല്ലോ വിനോദമായിട്ട് പോലും തമാശയ്ക്ക് പോലും കള്ളം പറയാൻ പാടില്ല അതുകൊണ്ട് ഞാനങ്ങനെ കള്ളം പറയുന്ന ആളല്ല സമൂല സഹമൂലേനവായു അന്യതാസന്ധം ആത്മാനം അന്യതാ കുറുവൻ അല്ലടുത്തം അയധാഭൂതം അർത്ഥം അഭിവദതീ യസ പരിശോഷ്യതീ ശോഷം ഉപേതീഹ ലോകപരലോകാഭ്യാം വിച്ഛിദ്യതേ വിനസ്യതി തൻ ഒരു ഭാവത്തിൽ തൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട് വേറൊരു ഭാവം പുറമേ കാണിച്ച് ആൾക്കാരോട് കള്ളം പറയുന്നവൻ ആണ് കള്ളം പറയുന്നതെന്ന് പറയുന്നു തൻ്റെ ഉള്ളൊന്നായിരിക്കും പുറമേ കാണിക്കുന്ന വേറെ അങ്ങനെ കള്ളം പറയുന്നവനെന്താണോ അവൻ നശിച്ചുപോകും എന്ന് പറയുന്നു അവൻ പൂർണമായും നശിക്കും എന്ന് വെച്ചാൽ എന്താണ് ഇഹലോക ഇഹലോകത്തിലും പരലോകത്തിലും അവന് നാശം മാത്രമേ ഉണ്ടാകത്തുള്ളൂ നന്മയുണ്ടാകത്തില്ല എന്നർത്ഥം അതുകൊണ്ട് ഞാൻ കള്ളം പറയുകയല്ല തസ്മന്നഹാമി അടദം എനിക്കറിയാമെന്ന് കള്ളം പറയാൻ ഞാൻ തയ്യാറില്ല അപ്പോ എന്താണ് ഭരദ്വാജനും ഒരു വലിയ മഹർഷിയാണ് അപ്പോൾ എല്ലാവരും അംഗീകരിക്കുന്ന ആളാണ് അപ്പോൾ ഇദ്ദേഹം തിന്ന എന്താണ് എന്ത് സംശയവും നിവാരണം ചെയ്യുന്ന ആളാണ് അപ്പോൾ സർവ്വ സംശയങ്ങളും നിവാരണം ചെയ്യുന്ന ആളാണെന്ന് കരുതിയിരിക്കുന്ന ഒരാളുടെ അതിന് ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അറിയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാണക്കെടൻ അതുകൊണ്ടെന്താണ് ആ ശരി ആ പതിനാറ് കലയുള്ള പുരുഷന് എനിക്കറിയാവെന്ന് പറഞ്ഞ് എന്തെങ്കിലും പറഞ്ഞ് ഈ ക്ഷത്രിയകുമാറിനെ തിരിച്ചുവിട്ടാൽ കാര്യം തീർന്നു പക്ഷെ അവരൊന്നും അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് കള്ളം പറയുന്ന ആളല്ല ഞാൻ നാർഹാമ്യാലതും വക്തും അങ്ങനെ എല്ലാ സംശയങ്ങളും തീർക്കുന്നതിനൊന്നും എനിക്ക് കഴിയത്തില്ല അറിയാവുന്നതു പറഞ്ഞുതരാം അറിയാത്തത് പറയ അറിയില്ല പറയണം നാർഹാമ്യാലതും വക്തും എന്ന് പറഞ്ഞു സതൂഷ്ണിയും രഥം ആരോഹ്യ പ്രഭവ്രാജ ഇത് കേട്ടപ്പോൾ എന്തു ചെയ്തു ക്ഷത്രിയകുമാരൻ വന്ന വഴിക്ക് എന്ന കാരണം വളരെ ദൂരെ രഥാരൂഢനായി ഒരു മഹർഷി അന്വേഷിച്ചു കൊന്നതാണ് അടുത്ത് പോയി ഇങ്ങനെയൊരു സംശയം ചോദിച്ചു കഴിഞ്ഞാൽ തീർക്കുമെന്ന് പക്ഷേ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്നും അദ്ദേഹം പറയുന്നത് സത്യമായിട്ടും എനിക്കറിയത്തില്ല അറിയാമെങ്കിൽ ഞാൻ പറഞ്ഞു തന്നേന് അറിയില്ലാതുകൊണ്ട് പറയുന്നില്ല എന്ന് കേട്ടുകഴിഞ്ഞപ്പോൾ ഈ രാജകുമാരൻ വളരെ നിരാശനായി അറിയാൻ കഴിഞ്ഞില്ലല്ലോ എന്നും നിരാശനായി തൂഷണിയും രഥം മാറുക പ്രഭ്രാജ മടങ്ങിപ്പോയി എന്നാ ഇനി ഈ ചോ വന്ന രാജകുമാരന് കാര്യങ്ങൾ അറിയാം ഇദ്ദേഹത്തിന് ഞാനറിഞ്ഞത് ശരിയാണോ ഇദ്ദേഹത്തിന് അറിയാമോ എന്നറിയാൻ ചോദിച്ചതുമാകാം അങ്ങനെ വന്നാലും ശരി ഇയാളടുത്ത് ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല ഇതറിയാൻ വയ്യാത്തയാളാണ് വിഷയത്തെക്കുറിച്ച് എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം എനിക്കറിയേണ്ടതറിയണ്ടേ അതുകൊണ്ട് ശരി ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല കുട്ടികൾ സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് കരുതി പണ്ട് ഈ പേര് തിരിച്ചുപോയി നാം സത്വം പൃച്ഛാം ഇക്കോസരി ശൈലി നിന്നോട് ചോദിക്കുന്നു പിപ്പലാനോട് പിപ്പലാ ദേഷിയോട് ഞാൻ അങ്ങേയോട് ചോദിക്കുകയാണ് അങ്ങ് സർവജ്ഞനാണ് എല്ലാ തത്വജ്ഞാനും ഉപാസനയും എല്ലാം അറിയുന്ന ആളാണ് അങ്ങ് ഇത് എനിക്ക് ഉപദേശിച്ചിരണം ചോദിക്കുകയാണ് തസ്മ സഹോവാചി വന്ദശരീരേ സ പുരുഷ എസ്മന്യേതാ ഷോടകലാ പ്രഭവന്തീതി തസ്മൈ സഹോവാച ഇഹി വന്ദശരീരേ പറയുന്നു ഷോഡ കലകളുള്ള പതിനാറ് കലകളുള്ള അംശങ്ങളുള്ള ആ പുരുഷൻ അത് അത്ര പ്രയാസമുള്ള കാര്യമൊന്നുമല്ല ഞാൻ നിനക്ക് പറഞ്ഞ് തരാം എപ്പലാദും പറയണേ ഹേ വന്തശരീരം ഈ ശരീരത്തിൽ തന്നെ ഉണ്ട് അന്തശരീരേ എന്ന് പറയുന്നതാണ് ശരീര എന്ന അവലോക്യതേ ശരീര വ്യവസ്ഥിതം ലോമാതി ലോക്യതേ വഹ് ശരീരത്തിൽ എന്ന് പറഞ്ഞാൽ കാണണ്ടേ ശരീരത്തിൽ കാണുന്ന എന്താണ് കൈയും കാലും തലയും രോമവും തൊലിയും ഒക്കെയാണ് കാണുന്നത് അതുകൊണ്ട് പറയുന്ന അന്തശരീരേ ഈ ശരീരത്തിന്റെ ഉള്ളിലുണ്ട് ഇവിടെ ഹൃദയപുണ്ടരീകര ആകാശമേ ഹൃദയപുണ്ടരീകാകാശത്തിൽ ഹൃദയകമലത്തിൽ ആ പുരുഷൻ ഇവിടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന ദേശാന്തരീ മറ്റേ ദേശത്തിലല്ല വിജ്ഞയോ ജസ്മിൻ യഥാകുച്ചിമാനാ ഷോശകലാഹ പ്രാണാദ്യഹ പ്രഭവന്തി അവിടെയാണ് ഈ പ്രാണാദികലകളെല്ലാം ഉത്പന്നമാകുന്നത് പ്രകടമാകുന്നത് എല്ലാ കലകളും പ്രകടമാകുന്ന എവിടെയാണ് അംശങ്ങളെല്ലാം പൃഥ്വിരാജി അംശങ്ങളെ കുറിച്ച് അടുത്ത് പറയും ഇതെല്ലാം പ്രകടമാകുന്ന എവിടെ ഹൃദയത്തിലാണ് ഹൃദയത്തിൽ നിന്നാണ് അത് പ്രകടമാകുന്നത് സർവവും ഹൃദയത്തിൽ പ്രകടമാകുന്ന ഹൃദയം എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞൊരു ഹൃദയ പുണ്ടരീകാകാശം മധ്യയിൽ താമരമുട്ടൻ്റെ ആകൃതിയിൽ ഇരിക്കുന്ന ഈ മാംസകുണ്ടത്തിൽ എങ്ങനെയാണ് പൃഥ്വിഗാദികളെല്ലാം ഉണ്ടാകുന്നത് ഹൃദയം അവിടുത്തെ ചൈതന്യം ആ ചൈതന്യത്തിന് ഉപാസനയ്ക്ക് വേണ്ടി ഹൃദയപുണ്ഡരീകം എന്ന് പറഞ്ഞേ ഇതെല്ലാം പ്രകടമാകുന്നത് എല്ലാ കലകളും ഇവിടെ പറയുന്ന ശ്രദ്ധ തുടങ്ങി പ്രാണൻ തുടങ്ങി കലകളെല്ലാം പ്രകടമാകുന്നത് ഹൃദയത്തിലാണ് ആ ചൈതന്യത്തിലാണ് അതുകൊണ്ടാണ് പ്രഭുവിൻ്റെ ഉത്പദ്ധ്യത വേറെ രീതിയിലും പറയാതാണ് ഇതെല്ലാം അവിടെ ആരോപിച്ചിരിക്കുകയാണ് ഹൃദയത്തിൽ ആ ചൈതന്യത്തിൽ സുസ്രുവുമായിരിക്കുന്ന ചൈതന്യത്തിൽ ഷോഡസ കലാഭി ഷോഡസ കലാഭി ഉപാധിഭൂതാഭി സകല ഇവ നിഷ്കല പുരുഷോക്ഷിത അവിധിയേതി പതിനാറ് അംശങ്ങളു നിഷ്കളനായിരിക്കുന്ന പുരുഷൻ സകല ഇവ പറയുന്നു അംശങ്ങളുള്ളതുപോലെ അംശങ്ങളില്ലാത്തവൻ അംശങ്ങൾ ഉള്ളതുപോലെ ഷോഡശ കലാഭിരൂപാധി ഹി സകലൈവ നിഷ്കലഹ അവിടെ ഒരു അംശങ്ങളുമില്ല ചൈതന്യത്തിൽ എന്താ അംശം ചൈതന്യം ശുദ്ധമായിരിക്കുന്നു അതെല്ലാം ആ വിദ്യകൊണ്ട് അങ്ങനെ കാണപ്പെടുന്നതാണ് തതുപാധി കലാ അധ്യാരോപനേന വിദ്യയാ ആ കലകളെല്ലാം നിഷേധിച്ചു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ആണ് കേവലം ആരോപിതമാണ് തന്നിൽ ഈ കലകളൊന്നുമില്ല എന്ന് ബോധിച്ചു കഴിഞ്ഞാൽ പുരുഷ കേ ദർശിത ആ പുരുഷനെ കേവലനായി കലാശൂന്യനായി ഏകനായി അദ്വൈനായി നിത്യശുദ്ധ ബുദ്ധ മുക്തനായി അറിയാം ഇത് കലാനപ്രഭവത്ത് വെച്ചത് ആ കലകളെ അവിടെ അധ്യാരോപിച്ചിട്ട് ആ അവിടെ തന്നെ നിഷേധിച്ച് ആ കലകൾക്കെല്ലാം ആധാരമായിരിക്കുന്ന ആ പുരുഷനുകളെ നമുക്ക് കാട്ടിത്തരുകയാണ് പ്രാണീനർവിശേഷ ഹൃദയ ശുദ്ധേ തധ്യമന്ത്രേ പ്രതിപാദ്യവഹാരം പ്രഭവസ്ഥിത്യ ആരോപ്യേ അവിദ്യ ചൈതന്യവ്യതിരേന കല ജാമാന തിഷന്തി പ്രലീയമാനക്ഷ്യ പ്രണാദികൾ എന്ത് ചെയ്യുന്നു അത്യന്ത നിർവിശേഷ ഹൃദയ ഹൃദയം എന്ന് പറയുമ്പോൾ സാധാരണ അന്ധക്കരണമാണ് അന്ധക്കരണ ഉപാധിയോടു കൂടിയ ചൈതന്യമാണെന്നെല്ലാം പറയും ഇവിടെ എന്താണ് വാസ്തവത്തിൽ അത്യന്ത നിർവിശേഷമായിരിക്കുന്ന അദ്വയേ ശുദ്ധേ തത്വേ അദ്വയമായ ശുദ്ധമായ തത്വമാണ് അതാണ് പരമാർത്ഥം അത് തന്നെ തന്നെ നിർവിശേഷമായി സ്ഥിതി ആ തത്വം അവിടെ ഈ കലകളെല്ലാം നശക്യതേ അധ്യാരോപം അന്തരീണ അവിടെ ആരോപിക്കാത്ത കലകളൊന്നും നിലനിൽക്കത്തില്ല എല്ലാം ഭാവനയാണ് ചൈതന്യത്തിൽ നിന്ന് ശ്രദ്ധയുണ്ടായി പ്രാണനമുണ്ടായി ആകാശമുണ്ടായി ഭൂമിയുണ്ടായി ഇതെല്ലാം കല്പനകളാണ് മാനസികമായി അധ്യാരോപമാണ് അധ്യായോപം അന്തരീണ് അത് കൂടാതെ പ്രതിപാദ്യ പ്രതിപാദനാ ദിവഹാരക്കെത്തും അതവിടെ ഉണ്ട് അതവിടെ സ്ഥിതി ചെയ്യുന്നു ഇങ്ങനെയൊന്നും പറയാൻ സാധ്യമല്ല വ്യവഹാരമേ സാധ്യമല്ല ആ ചൈതന്യത്തിൽ ശുദ്ധമായ ചൈതന്യത്തിൽ വ്യവഹാരം എങ്ങനെ സാധ്യമാകും അധ്യാരോപം കൂടാതെ അതുകൊണ്ട് അവിടെ എല്ലാം ആരോപ്യം എന്തേ പ്രഭവസ്ഥിതി അപ്യാഹ ഉത്പത്തി സ്ഥിതി നാശങ്ങളെല്ലാം അവിടെ ആരോപിക്കുകയാണ് ഹൃദയത്ത് അവിദ്യ വിഷയ ചൈതന്യഭ്യരേഖ ഇതെല്ലാം എന്താണ് അവിദ്യാ വിഷയങ്ങളാണ് ഉത്പത്തി നാശങ്ങളിലെ അവദ്യാകാര്യങ്ങളാണ് ചൈതന്യം വിതരണ ഈ കലാഹ ജായ തിഷ്ടന്തിഹ പിന്നെ അവിടെ ഉണ്ട് ഈ കലകളെല്ലാം ഉണ്ട് ശ്രദ്ധാദികളവിടെ ഉണ്ടെന്ന് പറയുന്നതോ ചൈതന്യംഭ്യതരെയൊക്കെയാണ് അങ്ങനെ ഉണ്ടെന്ന് പറയുമ്പോഴും അതിനെ ചൈതന്യത്തിന് വേർതിരിക്കാൻ കഴിയത്തില്ല അതായത് എന്റെ ഹൃദയസ്ഥിതമായ നിത്യശുദ്ധ ബുദ്ധമുക്തമായ ചൈതന്യമാണ് ഇവിടെ ഇതാരോപിച്ചിരിക്കുന്ന കലകളെല്ലാം വേറെയാണ് അവയവങ്ങൾ വേറെയാണ് അങ്ങനെ ആരോപിക്കാൻ പറ്റില്ല കാരണം അങ്ങനെ പറയാൻ കാരണം ുമ്പ് പറഞ്ഞു അത് നിത്യശുദ്ധ മുക്തമാണ് എന്നിട്ട് ഇവിടെ പറയുന്നതെന്താണ് അവിടെ കലകളുണ്ടെന്ന് പരസ്പരം വിരോധം വരാൻ പാടില്ല അതിനെന്താണ് ചൈതന്യം അംബേതരേഖയാണ് അവിടെ ഉണ്ടെന്ന് പറഞ്ഞാലും നിലനിൽക്കുന്നു എന്ന് പറഞ്ഞാലും നശിക്കുന്നു എന്ന് പറഞ്ഞാലും എന്താണ് ആ ഹൃദയനിഷ്ഠമായ ചൈതന്യത്തിനോട് അംബേദരേഖമായി അഭിന്നമായി പറയാണ് അതിൽ നിന്നൊന്നും ചൈതന്യത്തിന് അവയെ ചൈതന്യത്തിൽ നിന്ന് അവയൊന്നും വേർതിരിക്കാൻ സാധ്യമല്ല അവിടെ ജായന്മാനാഹ തിഷ്ടന്ധ്യ പ്രളീയമാനാസ്തഅവിടെ നിലനിൽക്കുന്നു വിലയിക്കുന്നു എന്ന് സർവതാ ലക്ഷ്യന്തി ശ്രുതി സദാ ഇത് ബോധിപ്പിക്കുന്നു ഹൃദയം വിശുദ്ധമാണ് അവിടെ കലകൾക്കൊന്നും സ്ഥലമില്ല അത് നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വരൂപമാണ് ഇത്തരത്തിൽ സദാ ബോധിപ്പിക്കുന്നു എന്നർത്ഥം അതേവ ഭ്രാന്ത അഗ്നി സംയുക്തം യുവ ഘടാദ് ചൈതന്യം യുവ പ്രദീക്ഷണം ജായതീ എന്ന ഇതാണ് പരമാർത്ഥം മുമ്പ് പറഞ്ഞു ഇതുവരെ പറഞ്ഞത് ഇനി പറയാൻ പോകുന്ന പരമാർത്ഥമല്ലാത്ത കാര്യങ്ങളാണ് എന്താണ് പരമാർത്ഥം എന്ന് പറയുന്നത് ഹൃദയം അവിടെ കരകളുണ്ട് എന്നെല്ലാം പറയുന്നെന്താണ് അവിടെ ശുദ്ധമായ ചൈതന്യം കേവലമായ സ്വയം ജ്യോതിസായ ചൈതന്യത്തിൽ ഈ അംശങ്ങളെല്ലാം പ്രകടമാകുന്നു നിലനിൽക്കുന്നു നശിക്കുന്നു സൃഷ്ടി എല്ലാം ജാഗ്ര ഈ സൃഷ്ടി ജാഗ്രത സ്വപ്നങ്ങളെ ഈ സൃഷ്ടി പഞ്ചഭൂതാത്മകമായിരിക്കുന്ന സൃഷ്ടിയെല്ലാം ആ കേവലമായ ചൈതന്യത്തിൽ പ്രകടമാകുന്നു നിലനിൽക്കുന്നു അസ്തമിക്കുന്നു എന്നുള്ളതാണ് പരമാർത്ഥം ഈ പരമാർത്ഥം മനസ്സിലാക്കാത്ത കുറച്ചാൾക്കാർ അവിടെ എന്താണ് ഭാഷകാരം പറയുന്നത് കുറെ ഭ്രാന്തന്മാർ അതെയോ ഭ്രാന്താഹ എത്ര പറഞ്ഞാലും മനസ്സിലാക്കാത്തവരാണ് ഭ്രാന്തന്മാർന്ന് പറയുന്നത് തലതിരിഞ്ഞിരിക്കുന്നു എന്നാൽ അവരെന്ത് ചെയ്യുന്നു ഇവിടെ ഭ്രാന്തന്മാരെന്ന് പറയുന്ന ആരെയാണ് ബൗദ്ധന്മാരെയാണ് അവരാണ് ഭ്രാന്തന്മാരെന്ന് പറഞ്ഞാൽ എത്ര പറഞ്ഞാലും അവർക്ക് മനസ്സിലാകത്താ പറയുന്നത് ഘൃതം യഥാഗ്നിവസ്ഥ അഹമാകാര ആലയ വിജ്ഞാനമേവവാസനാവശാകാര്യ പ്രത്യംഗമേരി അവരെന്താണ് പറയുന്നത് അഗ്നി സംയോഗം കൊണ്ട് തീയുടെ അടുത്ത് നെയ്യ് വെച്ചു കഴിഞ്ഞാൽ ദ്രവാവസ്ഥ പ്രതിബദ്ധത അത് ദ്രവിക്കുന്നു ദ്രവിക്കുന്നു അതുപോലെ അഹങ്കാരം ആലയവിജ്ഞാനം അവർ രണ്ട് തരത്തിലുള്ള ജ്ഞാനത്തെക്കുറിച്ച് പറയുന്നു അഹം ഇത് ആലയവിജ്ഞാനമാണ് ഇതം ഇത് പ്രവൃത്തി അങ്ങനെ വിജ്ഞാനത്തിൻ്റെ രണ്ട് പിരിവ് അവർ പറയുന്നു അപ്പോൾ ഈ ആലയ വാസനാവശാ വാസന കൊണ്ട് വിഷയാകാരത്തിൽ പ്രവർത്തിക്കുന്നു എന്നാണ് ഈ ജാഗ്രത സ്വപ്നത്തിനും അതാ സംഭവിക്കുന്നു ഉള്ളിൽ ആലയവിജ്ഞാന സ്ഥിതി ചെയ്യുന്നു വാസന കൊണ്ട് അത് ജാഗ്രത സ്വപ്നങ്ങളായി മാറുന്നു വിഷയങ്ങളായി മാറുന്നു നാനാരൂപങ്ങളായി പറയുന്നു നാമരൂപങ്ങളായി മാറുന്നു അതിനെ പ്രവൃത്തി വിജ്ഞാനം എന്ന് പറയും അതാ ഇവിടെ സംഭവിക്കുന്നത് ജാഗ്രത സ്വപ്നങ്ങൾ ആലയവിജ്ഞാനം എന്താണ് അഹമാകാരമാണ് അത് പ്രവൃത്തി വിജ്ഞാനമാകുമ്പോൾ ഹിതമാകാരത്തി മാറുന്നു അഗ്നി സംയോഗാ ഘൃതമ അഗ്നി സംയോഗം കൊണ്ട് ഘൃതം എന്നതുപോലെ ഘടാധ്യാകാരേണ ഈ നാനാരൂപത്തിൽ ചൈതന്യമേവ പ്രദീക്ഷിണം ഇതേ ചൈതന്യം തന്നെ ഉണ്ടായിക്കൊണ്ട് ക്ഷണികം എന്ന് പറയുന്നതാണ് ക്ഷണഭങ്കുരവാദികളാണ് അവർ പറയുന്നത് ആ ക്ഷണത്തിൽ ജ്ഞാനം ഉണ്ടാകുന്നു അടുത്ത ക്ഷണത്തിൽ നശിക്കുന്നു അതിൻ്റെ അനുസൂത കൊണ്ട് അതിനെ തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്തേ ഉള്ളൂ അല്ലെങ്കിൽ പ്രദക്ഷിണമുണ്ടായി നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഘടകാകാരി കാണുന്ന സർവവുമായ ഉള്ളിലിരിക്കുന്ന ജ്ഞാനം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രദീക്ഷണം ജാത നശ്യതി ഉണ്ടാകുന്നു നശിക്കുന്നു എന്നാണവർ പറയുന്നു അവിടെ കൃതമൈവാന്നെന്തുകൊണ്ട് പറഞ്ഞു കാരണം ഉള്ളിലിരിക്കുന്ന ആ വിജ്ഞാനം അത് ദൃഢമായിരിക്കുന്നു അതിനവരും പറയുന്നു സൃഷ്ടിയെന്ന് സൃഷ്ടിയിൽ അത് ഏകരൂപത്തിലിരിക്കുന്നു പക്ഷേ ജാഗ്രത സ്വപ്നങ്ങളിലേക്ക് വരുമ്പോൾ ഈ നാനാ രൂപത്തിലേക്ക് മാറുന്നു ഇവിടെ ഉണ്ടാവുന്നു നശിക്കുന്നു അതിൽ തന്നെ ശൂന്യവാദികൾ പറയുന്നു തനിരോധി ശൂന്യം ഇവ സർവം ഈ ഇത് നിഷേധിച്ചു കഴിഞ്ഞാൽ ഈ ആലയവിജ്ഞാനം അതിൻ്റെ അതിനോട് ചേർന്നു വരുന്ന പ്രവൃത്തി വിജ്ഞാനം അതിനങ്ങോട്ട് അതില്ലാതായി കഴിഞ്ഞാൽ പിന്നെന്താണ് സുശക്തി അവിടെ ശൂന്യമാണെന്ന് അവർ പറയുന്നു അവിടെ പ്രവൃത്തി വിജ്ഞാനങ്ങളെല്ലാം നിരോധിച്ചു കഴിഞ്ഞ് കേവലമായ ശൂന്യമായ അവസ്ഥ അവർ പറയുന്ന സുഹൃത്തി ഒന്നും അറിയുന്നില്ലല്ലോ കേവലമായ അവസ്ഥ അത് ശൂന്യമാണ് അവർ പറയുന്നു അത് ശൂന്യവാദികൾ പറയുന്നു വിജ്ഞാനവാദികളും ശൂന്യവാദികളും ഘടാതി വിഷയം ചെയ്ത് എന്നും ചെയ്ത നിത്യസ്യ ആത്മനോ അനിത്യഞ്ചായതെ വിനശ്ശി അവരെ എന്നും നയ്യായികന്മാരെ പറയുന്നു എല്ലാവരെയും ജ്ഞാനത്തെ സംബന്ധിച്ച് പറയുകയാണ് ജ്ഞാനത്തെ സംബന്ധിച്ച് ഓരോരുത്തരുടെയും കാഴ്ചപ്പാട് പറയുന്നു വിജ്ഞാനവാദികൾ ഒരേതരത്തിൽ പറയുന്നു ശൂല്യവാദികൾ മറ്റൊരു തരത്തിൽ പറയുന്നു നൈയായികന്മാർ പറയുന്ന എന്താണ് ആത്മാ എന്ന് പറയുന്ന ദ്രവ്യം അവർ ദ്രവ്യമാണ് അതിനകത്ത് ഞാനുണ്ടായി ഉണ്ടാകുന്നു നശിക്കുന്നു ക്ഷണികമായി ഉണ്ടാകുന്നു അടുത്ത ക്ഷണം നശിക്കുന്നു അതാ സംഭവിക്കുന്നു ജ്ഞാനമാകന്തുതമാണെന്നവർ പറയുന്നു ആത്മാവ് ഞാനും സ്വരൂപില്ല ദ്രവ്യമാണ് പക്ഷേ അതിൽ ഞാനും ചേരുന്നു അതും മാസമുണ്ടെന്നോ ഇന്ദ്രിയ വിഷയ സംബന്ധം കൊണ്ടെന്നൊക്കെ പറയാം ചും ഭൂതധർമ്മ ഇതി ലൗകായുക്കാഹ കൊണ്ട് ഇതെല്ലാം ഭൂതധർമ്മമാണ് അത് അടുത്ത കൂട്ടർ പറയുന്നു ഒരു കൂട്ടർ പറയുന്നത് ഉണ്ടായി നശിച്ചു പോകുന്നു ആത്മാവിൽ ജ്ഞാനം വരുന്നു നശിക്കുന്നു നൈയായികന്മാരും വൈശേഷികന്മാരും അങ്ങനെ പറയുമ്പോൾ ലൗകായുധന്മാർ ലോകത്തെല്ലാം വളരെ പ്രചാരം കിട്ടിയ ഭൗതികന്മാർ ലോകത്തിൽ ആയതമായിരിക്കുന്നവരുടെ ആ ലോകത്തിൽ വളരെ പ്രചരിച്ചിരിക്കുകയാണ് അവരെന്താ പറയുന്നത് ചൈതന്യം ഭൂതധർമ്മ പഞ്ചഭൂതങ്ങൾ കൂടി ചേർന്ന് ഈ ശരീരം ഉണ്ടാകുമ്പോൾ ആ ശരീരത്തിലൊരു ലൈറ്റ് ഉണ്ടാവുന്നതാണ് ഞാൻ ഒരു പ്രകാശം അത് പഞ്ചഭൂതങ്ങൾ കൂടി ചേർന്നതാണെന്ന് അവർ പറയുന്നു ചാർവാകന്മാർ അവർക്കാണ് കൂടുതൽ പ്രചാരം ഭൗതിക ശാസ്ത്രജ്ഞന്മാരൊക്കെ പറയുന്ന അതാണ് എല്ലാവരുമല്ല ഭൂരിപക്ഷം അതിനെന്താണ് ഈ ചൈതന്യം എന്ന് പറയുന്ന ഉള്ളിലിരിക്കുന്ന ഇതെല്ലാം സംഘടിക്കുമ്പോൾ അതിലുണ്ടാകുന്ന ഒരു ഒരു ഒന്നാണ് അങ്ങനവർ പറയുന്നത് എന്താണ് ഈ എപ്പോഴാണ് ഈ ശരീരം നശിക്കുന്നത് അവിടെ ചൈതന്യം പോയി അപ്പം ശരീരം നിലനിൽക്കുമ്പോഴേ ചൈതന്യം ഉള്ളത് ശരീരം നശിച്ച ചൈതന്യമില്ല അപ്പോൾ ആ ശരീരം കൂടി ചേർന്ന് പ്രത്യേക അനുപാതത്തിൽ കൂടി ചേരുമ്പോൾ അതിലുണ്ടാകുന്ന ഒന്നാണ് ബോധം ചർവാകന്മാർ അവർ നാല് ഭൂതങ്ങളെ സ്വീകരിക്കുന്നു പൃഥ്വി അപ്പ് വായു അഗ്നി ആകാശത്തെ സ്വീകരിക്കുന്നില്ല ഈ നാല് ഭൂതങ്ങൾ കുടിച്ചേരുന്നു അത് അമ്മയുടെ ഗർഭത്തിൽ രൂപപ്പെട്ട ഈ ഭൂതങ്ങൾ അവിടെ നിന്ന് ബോധസ്ഫരിക്കുന്നു എന്നാണ് അവർ പറയുന്നത് അത് നശിക്കുമ്പോൾ ബോധം നശിക്കുമ്പോൾ അതാണല്ലോ അനുഭവത്തിലുള്ള അതാണല്ലോ ചർവാ പക്ഷെ ഇതിനൊന്നു നിഷേധിക്കുന്നു ശൂന്യം പറഞ്ഞാല് ശരി ചവാകന്മാർ പറയുന്നതുപോലെ അത് പഞ്ചഭൂതങ്ങളിൽ അല്ലെങ്കിൽ നാല് ഭൂതങ്ങളിൽ നിന്നും ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ ശരി നയായികന്മാർ പറയുന്ന പോലെ ആത്മമനസമയവും കൊണ്ട് ആത്മാവിൽ ഉണ്ടാകുന്നതാണെന്ന് പറഞ്ഞാലും എന്തു പറഞ്ഞാലും ശരി ഇവിടെ ഒരു കാര്യം എല്ലാവർക്കും സ്വീകരിക്കും ആ ചൈതന്യത്തെ ആ ബോധത്തെ ആ അറിവിനെ നമ്മളെല്ലാവരും അനുഭവിക്കുന്നുണ്ട് അഹമഹം ഇതമിതം എന്ന് പറഞ്ഞ് സർവ്വരും അനുഭവിക്കുന്നുണ്ട് അത് രണ്ട് രൂപത്തിലുള്ള അഹം രൂപത്തിൽ അനുഭവിക്കുന്നു ഇതരൂപത്തിൽ പറയുന്ന പ്രത്യവഭാസതേ ചൈതന്യം ഇങ്ങനെ പ്രകടമായിരിക്കുന്നു സർവർ അതെങ്ങനെ എന്തുകൊണ്ടിങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു നാനാ തരത്തിൽ നാമരൂപാതിപാദി ധർമ്മേഹി നാമരൂപാതിപാദികളിലൂടെ വരുമ്പോൾ പ്രാണനിലൂടെ പ്രകടമാകുന്നു മനസ്സിലൂടെ പ്രകടമാകുന്നു ഇന്ദ്രിയങ്ങളിലൂടെ പ്രകടമാകുന്നു എന്തിനീ ശരീരത്തിലൂടെ പ്രകടമാകുന്നു ബാഹ്യമായി ഭൂതങ്ങളിലെല്ലാം അത് പ്രകടമാകുന്നു എല്ലായിടത്തും എന്തുകൊണ്ട് നാമരൂപങ്ങളുണ്ട് പ്രാണൻ എന്ന് പറയുന്ന നാമം അതിന്റെ രൂപം ചക്ഷുവെന്ന് പറയുന്ന നാമം അതിന്റെ രൂപം ശ്രോത്രം എന്നു പറയുന്ന നാമം അതിന്റെ രൂപം ഇങ്ങനെ നാമരൂപാത്മകമായി ഇത് പ്രകടമാകുന്നു നാമരുപാദി ഉപാധി ധർമ്മ ഹി പ്രത്യോ ഭാസത്തെ അങ്ങനെ പ്രകടമാകുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഭ്രമം വരുന്നത് അങ്ങനെ വന്നാണ് ഇങ്ങനെ വന്നതാണ് അത് ചർവാകലെന്ന് പറയുന്നു നയകലെന്ന് പറയുന്നു ശൂന്യവാദിയെന്ന് പറയുന്നു വിജ്ഞാനവാദി മറ്റെന്ന് പറയുന്നു അങ്ങനെയെല്ലാം പറയുന്നതിനെന്താ കാരണം ചൈതന്യ ആഭാസം ഇതിങ്ങനെ പ്രകടമായിരിക്കുന്നോണ്ടാണ് വാസ്തവത്തിൽ എന്താണ് അന്നപായ ഉപജനധർമ്മകം ഇതിൽ ഉത്പത്തിയും നാശവും ഇല്ല ഇതാരുടെ ഉള്ളിൽ ഉണ്ടാകുന്നില്ല നമ്മൾ പറയുന്നു ആ ഇതുവരെ ഞാൻ സുഷ്ടനായിരുന്നു എന്നൊരു ജ്ഞാനം ഉണ്ടായില്ല ഞാൻ ജാഗ്രതത്തിലേക്ക് വന്നില്ല എന്നൊരു ജ്ഞാനം പ്രകടമാകുന്നു പറയുന്നത് ശരിയല്ല തന്നെ എപ്പോഴും ആ ജ്ഞാനസ്വരൂപം തന്നെയാണ് സുഷ്ടീനം താൻ ജ്ഞാനസ്വരൂപനായിരുന്നു ഈ ജാഗ്രതത്തിലും ഞാൻ ജ്ഞാനസ്വരൂപനാണ് സ്വപ്നത്തിലും ഞാൻ ജ്ഞാനസ്വരൂപനാണ് കേവലമായ ജ്ഞാനമാണ് ചൈതന്യാത്മാവ ജ്ഞാനസ്വരൂപമാണ് ഇങ്ങനെ അന്നപായ ഉപജനധർമ്മകം അവിടെ നാശമില്ല ഉത്പത്തിയില്ല വൃദ്ധിയില്ല അക്ഷയമില്ല ഏകരൂപത്തിലുള്ള ജ്ഞാനസ്വരൂപമാണ് അത് എന്താണ് നന ഉപാധികളിലൂടെ ശബ്ദസ്പർശരൂപരസഗഗന്ധങ്ങളാകുന്ന ഉപാധിയിലൂടെ പ്രകടമാകുന്നു വാസ്തവത്തിൽ ചൈതന്യം എന്താണ് അതിന് ഉത്പത്തി നാശങ്ങളില്ല ആ ചൈതന്യത്തിൻ്റെ ഉത്പത്തി നാശങ്ങളെ കണ്ടിട്ട് അതിനനുസരിച്ച് ചിന്തിച്ചുകൊണ്ടാണ് ഈ പറഞ്ഞ മറ്റു പക്ഷങ്ങളെല്ലാം വിജ്ഞാനവാദവും ശൂന്യവാദവും എല്ലാം വന്നതാണ് ഇതങ്ങനെയുള്ള ചൈതന്യേകമാണ് അത് എങ്ങനെയാണോ തന്നിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നത് പൂർണ്ണതയിലും അതുപോലെ സർവ്വ ജീവജാലങ്ങളിലും പ്രകാശിക്കും ജീവന്മാരിലെല്ലാം എല്ലാത്തിനും ചിജ്ജടങ്ങളിലെല്ലായിടത്തും അത് പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു പ്രത്യവഭാസത്തെ അതാരും പറഞ്ഞു സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ ശ്രുതി എന്ന് പറയുന്നു ഇത് ശൂന്യം എന്നല്ല പറയുന്നത് ആഗന്തുകമെന്നല്ല പറയുന്നത് ക്ഷണികമെന്നല്ല പറയുന്നു എന്താണ് സത്യമാണ് ജ്ഞാനമാണ് അനന്തമാണ് പ്രജ്ഞാനം ബ്രഹ്മാ അത് പ്രജ്ഞാനമാണ് വിജ്ഞാനം ആനന്ദം ബ്രഹ്മാ വിജ്ഞാനമാണ് ആനന്ദമാണ് വിജ്ഞാനം ഖനൈവാത് കേവലം ആ വിജ്ഞാന സ്വരൂപമാണ് അതിൽ വിജ്ഞാനമല്ലാതെ രണ്ടാമതൊന്നില്ല ഇത്യാദി ശ്രുതിഭ്യ എന്നുള്ള ശ്രുതികളെല്ലാം എന്താണ് അന്നപ്പായ ഉപജനധർമ്മകമാണ് തന്റെ സ്വരൂപം താൻ ആ അങ്ങനെയാണ് പക്ഷേ തനിക്കിങ്ങനെ പല ജ്ഞാനങ്ങളുണ്ടാകുന്നതായിട്ടും പോകുന്നതായിട്ടും ജാഗ്രതത്തിൽ ഇപ്പോൾ ഒരു ജ്ഞാനം ഇരിക്കുന്നു കുറച്ച് കഴിഞ്ഞ് സുത്തി സ്വപ്നത്തിൽ മറ്റൊരു ജ്ഞാനം വന്ന് അതുപോലെ വേണ്ടി ജാഗ്രതയ്ക്ക് വരുന്നു ജാഗ്രതത്തിൽ തന്നെ പല ജ്ഞാനങ്ങൾ മാറി മാറി വരുന്നു ഇങ്ങനെയല്ല അനുഭവങ്ങളുണ്ട് പക്ഷേ അതൊന്നും പരമാർത്ഥമല്ല പറഞ്ഞു പരമാർത്ഥം എന്താണ് അത് വിജ്ഞാനം കേവലമായ വിജ്ഞാനവും ആനന്ദവുമാണ് വിജ്ഞാന ഖനം രണ്ടാമതൊന്നുമില്ല നമ്മളിങ്ങനെയുണ്ട് പലതും കാണുന്നുണ്ട് ജ്ഞാനത്തെ കാണുന്നുണ്ട് ശരീരത്തെ കാണുന്നുണ്ട് ഇന്ദ്രിയങ്ങളെ കാണുന്നുണ്ട് വിഷയങ്ങളെ കാണുന്നുണ്ട് വിഷയാനുഭവത്തെ കാണുന്നുണ്ട് നാനത്വത്തെ കാണുന്നുണ്ട് ഇവിടെ അങ്ങനെയുണ്ട് കേവലമായ വിജ്ഞാനം മാത്രം ഇത്യാദി ശ്രദ്ധ സ്വരൂപേഷു ചൈതന്യ വിചാരാതിയുണ്ട് വിജായതായ ചൈതന്യചം വസ്തുവേദി അനുപന്ന സ്വ്യചാര പദ ചൈതന്യചാരറി മാറി കുന്നു പദാർത്ഥങ്ങളെല്ലാം സ്വരൂപ വ്യഭിചാരികളാണെന്ന് വെച്ചാൽ സ്വരൂപത്തെ സ്ഥിതിയിന്നില്ല ഉദാഹരണം എന്റെ മുമ്പിൽ ഈ പുസ്തകം ഇരിക്കുന്നു എൻ്റെ അടുത്ത് ഞാൻ സ്വപ്നത്തെ കാണും പുസ്തകത്തെ കാണുമ്പോൾ മേശയില്ല എനിക്ക് മേശയുടെ ഞാൻ മേശയുടെ അനുഭവമുള്ളപ്പോൾ ഈ പുസ്തകത്തിന്റെ ആവശ്യമില്ല ജാഗ്രതയിലും സ്വപ്നത്തിലും എല്ലാം സംഭവിക്കുന്നതാണ് സ്വരൂപ വ്യഭിചാരം എന്ന് പറഞ്ഞത് മാറിപ്പോകുന്നു മേശയുടെ ഞാനുള്ളപ്പോൾ എനിക്ക് പുസ്തകമില്ല പുസ്തകത്തിൽ ഞാനുള്ളപ്പോൾ മേശയില്ല അതാണ് സ്വരൂപ വിചാരിച്ചു പദാർത്ഥേഷു ഈ പദാർത്ഥങ്ങളുടെ സ്വഭാവതാണ് ഒന്നിനെ അറിയുമ്പോൾ മറ്റൊന്നിനെ അറിയാൻ കഴിയുന്നു നമ്മുടെ ബുദ്ധിക്ക് അത്രയും വലിയ വിശേഷതയില്ല എന്താണ് എല്ലാത്തിനും അങ്ങനെ എല്ലാത്തിനെയും ഒന്നിച്ചറിയുന്നവൻ ഈശ്വരനാണ് മനുഷ്യൻ അവന്റെ സ്വല്പമായ ബുദ്ധിക്ക് ആ ഒരു എല്ലാം അറിയാം ഇങ്ങനെ മാറി മാറിയിരിക്കുന്നു ഒന്നറിയുമ്പോൾ മറ്റേത് പോവും അതറിയുമ്പോൾ മറ്റേത് മറ്റതറിയുമ്പോൾ മറ്റേ പോകും ഇങ്ങനെ അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു ചൈതന്യ സവ്യം പക്ഷെ അവിടെ എല്ലാം എന്ത് വരുന്ന ഈ വിഷയങ്ങൾ മാറിക്കൊണ്ടിരിക്കുമ്പോഴും ചൈതന്യ സവ്യവിചാര ചൈതന്യം മാറ്റമില്ലാതെ ഏകരൂപത്തിലിരിക്കുന്നു ഇതിൽ വേറെ നേരത്തെ പറയും ശബ്ദസ്പർശാദിയോദ്യ ഐകരൂപ്യ പറയുന്നുണ്ട് നമ്മൾ പഠിച്ചതാണ് ചർച്ച ചെയ്തതാണ് അപ്പോ ശബ്ദസ്പർശ രൂപ ഗന്ധങ്ങളെല്ലാം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ചൈതന്യം മാറാതിരിക്കുന്നു എന്തുകൊണ്ട് അത് ഏകരൂപത്തിലിരിക്കുന്നുണ്ട് അതാണ് ഇവിടെയും പറയുന്നു സ്വരൂപ വിചാരി പദാർത്ഥ ശിഷു പദാർത്ഥങ്ങളെല്ലാം മാറിക്കൊണ്ടിരിക്കുമ്പോൾ ചൈതന്യ സവ്യ വിചാര മാറുന്നില്ല അത് ഏകരൂപത്തിൽ തന്നെ ഇരിക്കുന്നു യഥാ യഥാ യോ പദാർത്ഥ വിജ്ഞാതെ പ്രദക്ഷിണ ഓരോ പദാർത്ഥങ്ങൾ പ്രകടമാകുകയാണ് മുമ്പിൽ ഓരോ പദാർത്ഥങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു ഓരോ വിഷയങ്ങളെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു പൊതുവെ പറഞ്ഞാൽ ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം എന്നിങ്ങനെ വിഷയങ്ങളും മാറി മാറി അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തഥാ തഥാ ന്യായമാനത്വദേവ അങ്ങനെ അറിയുന്ന അക്കാരണം കൊണ്ട് തന്നെ പറയുന്നതെല്ലാം മാറിക്കൊണ്ടിരിക്കുകയല്ലേ ക്ഷണികം ക്ഷണികം അതാണല്ലോ ബൗദ്ധന്മാർ പറയുന്നത് ഇതെല്ലാം മാറി മാറിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇവിടെ എന്താണ് ഇവിടെ സ്ഥായിയായിട്ടുള്ളത് പറയും തഥാ ന്യായമാനത്വദേവ അതുകൊണ്ടവർ പറയും ഈ മാറ്റ സ്ഥായിയാണെന്ന് പറയും മാറിക്കൊണ്ടിരിക്കുമ്പോൾ ആ മാറ്റമാണ് സ്ഥായിയും അസ്ഥായിയായ ഒന്നിനെയാണ് മാറ്റമെന്ന് പറയുന്നത് അതുവിനെങ്ങനെ സ്ഥായിയാകും അതെന്താണ് വെളിച്ച വിരളെന്ന് പറയും പോലെ ഉള്ളു ബുദ്ധന്മാർ പറയുന്നതാണ് എല്ലാം മാറിക്കൊണ്ടേയിരിക്കുന്നു എന്നാൽ മാറ്റം സ്ഥായിയാണ് മാറിക്കൊണ്ടിരിക്കുന്നതിൻ്റെ പേരാണ് അസ്ഥായിയുടെ പേരാണ് മാറ്റം മാറ്റവും ക്ഷണികവും തരുന്ന അതിനങ്ങനെ സ്ഥായിയാകാൻ പറ്റും എപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് സദാ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അത് സ്ഥായി എന്ന് വിളിക്കാൻ പറ്റില്ല സ്ഥായിയാകണമെങ്കിൽ എന്തുകൊണ്ട് അത് മാറാതിരിക്കണം അതുകൊണ്ടാണ് മാറ്റത്തെ സ്ഥായി എന്ന് പറയാൻ പറ്റുക അതിന്റെ സ്വരൂപം തന്നെ എന്താണ് മാറുക എന്നുള്ളതാണ് മാറ്റത്തിന്റെ സ്വരൂപം മാറുക എന്നുള്ളതാണ് അതിനൊരിക്കലും സ്ഥായിയാകാൻ കഴിയത്തി അതുകൊണ്ട് പക്ഷെ ഇവിടെ സ്ഥായിയായി ഒന്നുണ്ട് എന്താണ് തഥാത്തതോ ന്യായമാനത്വ ദേവ അങ്ങനെ എന്തെല്ലാം ഇവിടെ മാറിയാലും ശരി ശബ്ദസ്പർശ രൂപങ്ങളെല്ലാം സദാ ഇങ്ങനെ മാറിയാലും എന്താണ് ആ മാറ്റത്തെ അറിയുന്നു ആ മാറ്റത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു ഞായമാനത്വ ദേവ ആ അറിവ് തസ്യ തസ്യ ചൈതന്യസ്യോ ഇത് പുസ്തകം എന്നുള്ള ജ്ഞാനോ ഇത് മേശ എന്നുള്ള ജ്ഞാനം ഇത് ശബ്ദമെന്നുള്ള ജ്ഞാനോ രൂപം വിരസം ഗന്ധം ഇങ്ങനെയുള്ള ഈ ജ്ഞാനം തസ്യ ചൈതന്യ അവ്യഭിചാരിത്തും അതിന് മാറ്റമില്ല അതാണ് അദ്വൈതി പറയുന്നത് അതിന് മാറ്റമില്ല ജാഗ്രതയിലെല്ലാം മാറിക്കൊണ്ടേയിരിക്കുന്നു പക്ഷേ ജ്ഞാനത്തിന് മാറ്റമില്ല എന്നത് അത് പുസ്തകജ്ഞാനമായാലും മേശയുടെ ജ്ഞാനമായാലും ജ്ഞാനം തന്നെ ഞാനങ്ങനെ മാറ്റം വരുന്നു അത് ഏകരൂപമാണ് ചൈതന്യ വിഭചരിതത്വം അത് ജാഗ്രതത്തിലങ്ങനെയാണ് സ്വപ്നത്തിലും അതുപോലെയെല്ലാം മാറിക്കൊണ്ടേയിരിക്കുന്നു വിഷയങ്ങൾ പക്ഷെ അവിടെ ജ്ഞാനം ആ ജ്ഞാനം ഭടജ്ഞാനമായാലും പടജ്ഞാനമായാലും ജ്ഞാനം ഒന്ന് തന്നെ ജ്ഞാനമായി തന്നെ ഇരിക്കുന്നു സുഷുത്തിയിലും അതുപോലെ തന്നെ സുരക്ഷിയിലാണെന്നാണല്ലോ ജാഗ്രത സ്വപ്നങ്ങളെല്ലാം കടന്നുപോയതും വീണ്ടും ജാഗ്രത സ്വപ്നങ്ങൾ കടന്നു വന്നതും അവിടെ ഇതെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ് നിശ്ചലമായ സ്ഥാനത്ത് നിന്ന് ഓരോന്ന് കടന്നു വരുന്നു മാറിപ്പോ പക്ഷെ അത് മാറ്റമില്ലാതിരിക്കുന്നു കേവലമായ ചൈതന്യ സ്വരൂവുമായി മാറ്റമില്ലാതിരുന്നുകൊണ്ട് അത് ഭൂതഭാവികളെല്ലാം അറിയുന്നു കഴിഞ്ഞതും വന്നതും എല്ലാം അറിയുന്നു എങ്ങനെ ഇതെല്ലാം മാറുന്നു ഇതെല്ലാം എന്നൻ മാറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അങ്ങനെ ജാഗ്രത സ്വപ്ന സൃഷ്ടികളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കറിയാൻ കഴിയുന്നുണ്ടാണവിടെ അറിയുന്നു എന്ന് പറഞ്ഞത് അപ്പോൾ അവിടെ അറിവ് അവിടെയും മാറുന്നില്ല സൃഷ്ടിയിൽ നിന്ന് എന്ത് ചെയ്യുന്നു താൻ അവിടെ സൃസ്ഥനായിരുന്നു ഞാൻ ജാഗ്രത്തിലേക്ക് വന്നിരിക്കുന്നു എന്നിങ്ങനെ അറിയുന്നു അതുകൊണ്ട് ചൈതന്യ അവ വ്യഭിചരിതത്വം ചൈതന്യത്തിനിവിടെ മാറ്റമുള്ളത് ചൈതന്യം മാറുന്നില്ല പിന്നെ വസ്തുജോതി ഗിഞ്ചിന്ത ഇത് ചാനൂപന്നു അപ്പോൾ ഇവിടെ ജ്ഞാനമുണ്ടെങ്കിൽ ആ ജ്ഞാനത്തെ മാറ്റമില്ലാത്തതായി സ്വീകരിച്ചേ മതിയാവും വിഷയങ്ങളാണ് മാറുന്നത് ജ്ഞാനമല്ല എന്നർത്ഥം പിന്നെ അറിയുന്നില്ല എന്ന് പറയാൻ പറ്റുമല്ല ഒരു വസ്തുവുണ്ട് വസ്തുജോതി ഗിഞ്ചുന്ന ഞായതേ വസ്തുവുണ്ട് അറിയുന്നില്ല എന്ന് പറയുന്ന അതും യുക്തമല്ല എന്നർത്ഥം അത് പറയാൻ കാരണം എന്താണ് വിനിഷ്ഠയർ മരൂ ഹാന്തായ ഇവിടെ എന്താണ് പറയുന്നത് വിഷയങ്ങളെല്ലാം ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുന്നു പ്രതീക്ഷ ജ്ഞാനം അത് അനുസ്യതമായിരിക്കുന്നു എന്ന് പറയുന്നു അവൻ പറയുന്നു അത് ശരി പക്ഷേ ഈ വസ്തുവിനെ അറിയുമ്പോൾ ഈ വസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനേ ഉള്ളൂ ഈ വസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനമില്ലല്ലോ ഇപ്പൊ ജ്ഞാനത്തിനോട് മാറ്റം വന്നല്ലോ ഈ വസ്തുവിനെ അറിഞ്ഞപ്പോൾ ഈ വസ്തുവിനെ കുറിച്ചുള്ള ഒരു വസ്തുവിനെ അറിഞ്ഞപ്പോൾ ആ വസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം അറിഞ്ഞപ്പോൾ മേശിയെക്കുറിച്ചുള്ള ജ്ഞാനം മാത്രം അപ്പം പുസ്തകത്തെക്കുറിച്ചുള്ള ജ്ഞാനം ഇല്ല ഇപ്പൊ ജ്ഞാനത്തിന് വന്നല്ലോ എങ്ങനെ പുസ്തക ജ്ഞാനത്തിന് മേശയുടെ ജ്ഞാനമില്ല മേശാനത്തിന് പുസ്തകത്തിന്റെ ജ്ഞാനമില്ല ഇങ്ങനെ മാറ്റം വന്നല്ലോ പറയുന്നുണ്ട് അങ്ങനെ സംഭവിക്കത്തില്ല എന്തുകൊണ്ട് അതിനൊരുദാഹരണമൊക്കെ പറയുന്നു ഉത്തമനിഷ്ഠാ ദേഹി മരു ഗുഹാന്തൃത്തി അറിയുന്നതുകൊണ്ടല്ല വസ്തുക്കളെയൊക്കെ അറിയുന്നില്ലേ ഇന്ന് നാളെ എന്നിങ്ങനെ വസ്തുക്കളെ അറിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ നിരന്തരം അപ്പോ എവിടെയുണ്ടോ അവിടെ ഞാനും ഉണ്ട് പറയുന്നുടേക്കുണ്ടോ അവിടേക്കാ ഞാനുമുണ്ട് ന്യം ഉണ്ടായിരിക്കുക ഞാനം ഇല്ലാതിരിക്കുക സംഭവിക്കത്തില്ല അറിയേണ്ട വസ്തു ഉണ്ടായിരിക്കുക അറിവില്ലാതിരിക്കുക സംഭവിക്കത്തില്ല പറയുന്നു അങ്ങനെ സംഭവിക്കാം എവിടെയാണ് ഒരു വസ്തു ഏതോ ഒരു സ്ഥലത്ത് ഒരു ക്ഷണം ഉണ്ടായി അടുത്ത ക്ഷണം നെച്ചത് ഞാൻ അറിഞ്ഞില്ല ഞാൻ അറിയാമായിരുന്നു ഇപ്പോഴും വസ്തുവിടെ ഉണ്ടായിരുന്നെങ്കിൽ വേറുദാഹരണം പറയാം ഒരു വലിയ പർവ്വതത്തിൻ്റെ അകത്ത് ഒരു വലിയ ഗുഹയ്ക്ക് അകത്ത് ഒരു ചെറിയ കല്ലിരിക്കുന്നു ഞാൻ കണ്ടില്ല അപ്പോൾ വസ്തു അവിടെയുണ്ട് ഞാൻ അറിയുന്നില്ല അപ്പം ഞാൻ അറിയാതെയും വസ്തു നന ഗുഹയ്ക്കാത്ത ചെറിയ കല്ല് ഞാൻ കണ്ടില്ലല്ലോ വസ്തു അവിടെ ഉണ്ടല്ലോ എന്നോ ഇതൊക്കെ എന്താണോ മുട്ടിന്യായങ്ങൾ പറയൂ ഉത്പന്നമനുഷ്ഠേഹേ ജനിച്ച ഉടൻ തന്നെ നശിച്ചുപോയാലും വസ്തു അക്ഷണം ഞാൻ അറിഞ്ഞില്ല ഗുഹാന്തരവർത്തി നശിച്ച അജ്ഞായമാനത്വ അതൊന്നും അറിയുന്നില്ല അതുകൊണ്ട് എന്താണ് ജ്ഞാനസ്യഭിജ്ഞയ വ്യഭിചാരി അവിടെയൊക്കെ എന്താണ് ജ്ഞാനംചാരിയാണെന്ന് പറഞ്ഞതാണ് അവിടെ ജ്ഞാനം മാറിപ്പോകുന്നു അവിടെയൊക്കെ ജ്ഞാനം കാരണം അവിടെ അതിനെ കുറിച്ച് ഞാനും ഉണ്ടായില്ലല്ലോ ഗുഹയ്ക്കാതിരുന്ന കല്ലിനെ കുറിച്ച് എനിക്ക് ജ്ഞാനം ഉണ്ടായില്ല അവിടെ ഉണ്ടല്ലോ അപ്പോൾ ആ ജേയത്തിൽ ജ്ഞാനമില്ലല്ലോ ജ്ഞാനും ജയഭ്യഭിചാരിയാണ് ഞയം ഒരിടത്തോണ്ട് ജ്ഞാനമില്ല അതാണ് പറയുന്നത് വഹിക്കാത്ത കല്ലുണ്ടോ അവിടെ അറിയുന്നില്ല അങ്ങനെ അപ്പം എവിടെ എവിടെയെല്ലാം ജയമുണ്ടോ അവിടെ എവിടെയെല്ലാം ജ്ഞാനം ഉണ്ടായിരിക്കുന്നു നിയമമില്ല അങ്ങനെയാണ് രണ്ടുദാഹരണം പറഞ്ഞത് അങ്ങനെ സംഭവിക്കാം യം ഞാനും വിചാരിക്കാം ഞാനും ഇല്ലാതെ ജയം നിലനിൽക്കാം എന്നാണെങ്കിൽ പറയുന്നത് എന്നാൽ വസ്തു ചൈതന്യ അഭ്യവിചാരിത്വം വസ്തുവിനെ വസ്തുവിനെ ബോധി കിഞ്ചന ന്യായതേറ്റിച്ച് പറഞ്ഞ വസ്തു കൊണ്ടറിയുന്നില്ല എന്ന് പറഞ്ഞാൽ അത് അശുദ്ധമാണ് വസ്തു എന്ന് പറയുന്നത് എന്താണോ വസ്തുവിനെ അറിവിൽ നിന്ന് പിരിക്കാൻ സാധ്യമുണ്ട് എന്നാ പറയുന്നു അവിടെ ഉണ്ടായിരിക്കും അപ്പം നമ്മളിപ്പോൾ കാണുന്ന ഈ രൂപത്തിൽ ഒന്നുമല്ല അങ്ങനെ വേണമെന്നില്ല ഏതെങ്കിലും രൂപത്തിനവിടെ ഒരു അസ്തിത്വത്തെ സമ്മർദ്ദിച്ച് കഴിഞ്ഞാൽ അവിടെ ജ്ഞാനം അവിടെ ഉണ്ടായിരിക്കും ചൈതന്യ അഭ്യൂ വസ്തു കൊണ്ട് ഞാനും ഇല്ല അങ്ങനെ സംഭവിക്കത്തില്ല വസ്തു കൊണ്ടെങ്കിൽ ഞാനും ഉണ്ടായില്ല അയ്യോ ഗുഹയിലക്കല്ല ഗുഹയിലക്കല്ല നീ ഇപ്പോൾ അറിഞ്ഞല്ലേ അതുകൊണ്ട് അവിടെ ഉള്ളത് ഇന്നലെ ഒരറിഞ്ഞില്ല വേണ്ട ഇന്നലെ ഒരു അവിടെ ഇല്ലായിരുന്നു അന്നാ പോയിന്ന് പരിശോധന പരിശോധിക്കുന്നു പോയി പരിശോധിച്ച് എന്തായാലും അവിടെ കല്ലുണ്ട് അപ്പോൾ അറിഞ്ഞു അറിഞ്ഞാലുണ്ട് അറിഞ്ഞില്ലെങ്കിലില്ല അപ്പോൾ ഇവിടെ വസ്തുണ്ടോ അത് ജ്ഞാനം കൂടാതെ ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല അവിടെ ഗുഹിക്കാത്ത കല്ലും അവിടെ വസ്തു ഉണ്ടെങ്കിൽ അറിഞ്ഞു ഞാൻ അറിഞ്ഞു കഴിഞ്ഞു ഉത്പന്നക്ഷണം നശിച്ചത് ഞാൻ അറിഞ്ഞു കഴിഞ്ഞു ഉത്പന്നമായി നശിച്ചു അപ്പം ജ്ഞാനം എന്ന് പറയുന്നതിന് വിട്ട് ജേയത്തിന് നീക്കാൻ പറ്റത്തില്ല അത പറയുന്നു വ്യത്യാസംഖ്യ സദ്ഭാവ അസിദ്ദേഹി പറയുന്നു അറിഞ്ഞുണ്ടെങ്കിൽ പിന്നെ വസ്തു കൊണ്ടെന്നുള്ള എന്താ പ്രമാണം ഗുഹിക്കാത്തതല്ലെന്ന് പറഞ്ഞാൽ അറിഞ്ഞു കഴിഞ്ഞു അതുകൊണ്ടത് അവിടെ ഉത്തൻലക്ഷണം വിനിഷ്ടമായെന്ന് പറഞ്ഞാൽ അത് അറിഞ്ഞുകഴിഞ്ഞു പിന്നെ ഇവിടെ ജ്ഞാനം അഭിഭിചാരി എന്ന് പറയുന്നത് എങ്ങനെ എങ്ങനെ പറയാൻ പറ്റും തഥാഭൂത പദാർത്ഥ വസ്തു അങ്ങനെ ഒരു വസ്തുവേ ഇല്ല നിഷിദ്ധമാകത്തില്ല ഏതെങ്കിലും വസ്തുവിന് അറിഞ്ഞെന്ന് പറഞ്ഞൂടെ ജ്ഞാനം വന്നു കഴിഞ്ഞൂടെ അറിഞ്ഞെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ് ജ്ഞാനം വന്നു അപ്പോൾ ജ്ഞാനത്തെ വിട്ട് വസ്തുവിനങ്ങനെ നിൽക്കാൻ പറ്റും ഏത് ഗുഹയിലെ നിൽക്കാൻ പറ്റും ഗുഹയിലെ വസ്തുവിനെ അറിഞ്ഞല്ലേ ഞാനവിടെ ഉണ്ടല്ലോ പിന്നെ അവർ പറയുന്നത് സുഹൃത്തിയെ സംബന്ധിച്ചാണ് സുഹൃത്തിയിൽ ന്യമായ ഒന്നുമില്ല ഞാനും ഇല്ലെന്നാണ് പറയുന്നത് അത് ശരിയല്ല സുഹൃത്തി ന്യമില്ല പക്ഷെ അവിടെ കേവലമായ ജ്ഞാനം സുഹൃത്ത സ്വരൂപമായ അവിടെ നിലനിൽക്കുന്നു സ്വരൂപമായ ഞാനും അവിടെ നിലനിൽക്കുന്നുണ്ട് ഇവിടത്തെ പോലെ വിഷയങ്ങളെ അറിയുന്ന ഞാനുമല്ല പരസ്പര ആശ്രിതങ്ങളായിരിക്കുന്ന ഞാനുമല്ല അവിടെ വിഷയമില്ല എങ്കിലും സ്വരൂപം നിലനിൽക്കുന്നു ഇപ്പം ജ്ഞാനത്തിൽ വിഷയങ്ങൾ നിൽക്കുമ്പോൾ ജാഗ്രത സ്വപ്നങ്ങളിലും അതിങ്ങനെ വിഷയങ്ങൾ പ്രകടമാകുമ്പോൾ ജ്ഞാനത്തെ വിട്ടവയ്ക്ക് നിൽക്കാൻ പറ്റിയിട്ടുണ്ട് ജ്ഞാനത്തോട് ചേർന്നേ നിൽക്കാൻ പറ്റത്തുള്ളൂ അതുകൂടെ പറയും അതുകൊണ്ട് ജ്ഞാനം നിത്യമായിരിക്കുന്നു അതിൽ ഞേയങ്ങൾ മാറി മാറി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ പറയുന്നു ഘടജ്ഞാനകലെ പടാഭാവം ഭാവ സംഭവ ഘടജ്ഞാനം ഉണ്ടാകുമ്പോൾ പടജ്ഞാനമില്ല പത്രത്തെ കുറിച്ച് അറിഞ്ഞപ്പോൾ വസ്ത്രത്തെക്കുറിച്ചുള്ള ജ്ഞാനമില്ല വിഷയമാണ ജ്ഞാന അതുകൊണ്ട് വിഷയത്തിന് ഞാനും വ്യവിചാരിത്തം എന്ന് പറഞ്ഞാൽ ഞാനും കൂടാതെയും വിഷയം നീക്കുമെന്ന് പറയാൻ പറ്റൂ ഞാനസിതു വിഷയകാല അവശ്യംഭാവി നിയമ പക്ഷെ ഞാനെന്ന് പറയുന്നു അവശ്യം കൂടിയ ഒരു വിഷയമാണ് അടുത്തല്ല അവശ്യം ഭാവി എന്ന് പറയുന്നതാണ് അവശ്യം ഭാവി നിയമ അഭിവിചാരിത്വം കൊണ്ട് എന്താണ് ജ്ഞാനത്തെ കൂടാതെ വിഷയത്തിന് നിൽക്കാൻ സാധ്യമല്ല വിഷയം എവിടെയുണ്ടോ അവിടെ ജ്ഞാനമുണ്ടോ ഗുഹയ്ക്കകത്തായാലും ശരി എവിടെ ആയാലും ശരി ഒരു വിഷയം ഉണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞാൽ തന്നെ ജ്ഞാനും വന്നിന്റെ അവിടെ വിചാരി തുമ്പ മാറ്റമില്ലാതിരിക്കുക എന്ന് പറയുന്നു പടകാല ഘടജി നാശീരി ശരി ഇവിടെ ഈ വസ്തുണ്ട് മേശയുണ്ട് അപ്പോൾ പുസ്തകം ഞാനും ഇല്ലല്ലോ എന്ന് പറഞ്ഞാലും കടജ്ഞാനസ്യാബി പടവിഷയ വിഭജം തുല്യം ഈ ത്യാഗ്യും പക്ഷേ പറയുന്നതിൻ്റെ എന്താണ് ഈ വസ്തുണ്ട് ഈ വസ്തുവില്ല ഈ വസ്തുവിനെ ഞാൻ അറിയുന്നു ഈ വസ്തുവിനെ അറിയുന്നില്ല പുസ്തകത്തെ അറിയുന്നു നേരത്തെ പറഞ്ഞല്ല മേശ അറിയുന്നില്ല പുസ്തകത്തെ കുറിച്ചുള്ള ഞാനും ഉണ്ട് മേശയെ കുറിച്ചുള്ള ഞാനും ഇല്ല അപ്പോൾ അവിടെ എന്താ ജ്ഞാനത്തെ ആശ്രയിക്കാതെ മേശ എന്ന് പറയുന്ന വസ്തു നിന്നില്ലേ എന്ന് ചോദിക്കും എന്ന് പറയുന്നു ഇല്ല അവിടെ മേശ എന്ന് പറയുന്ന വസ്തുവിനെ കുറിച്ച് ഇങ്ങള് പറയുന്നുണ്ടല്ലോ അതില്ലായിരുന്നു അപ്പം മറ്റുണ്ടായിരുന്നു മറ്റതില്ലായിരുന്നപ്പോൾ ഇതുണ്ടായിരുന്നു ഇതൊക്കെ ജ്ഞാനത്തെ ആശ്രയിച്ചാണ് പറയുന്നത് ഉണ്ടെന്ന് പറഞ്ഞാലും ഇല്ലെന്ന് പറഞ്ഞാലും ജ്ഞാന ആശ്രയമായ വ്യവഹാരങ്ങളാണ് അതുകൊണ്ട് ജ്ഞാനം സ്വരൂപേണോ നിത്യമാണ് സത്യമാണ് അതിന് മാറ്റമില്ല അത് പറഞ്ഞു അതുകൊണ്ട് വസ്തുവിനെ ബോധികം ചെയ്യുന്ന ഞാൻ വസ്തു ഉണ്ട് പക്ഷെ ഒന്നും ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നത് ശരിയല്ല വസ്തു ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അറിയുന്നില്ല ഞാൻ അറിയുന്നില്ല എന്ന് പറയാൻ പറ്റില്ല വസ്തു കൊണ്ട് അറിയുന്നില്ല അത് സംഭവിക്കത്തില്ല വസ്തു ഉണ്ടെന്ന് പറഞ്ഞാൽ അറിഞ്ഞുതന്നെ തീരണം എന്നാലും നമുക്ക് പറയാൻ പറ്റും ഉപയോഗിക്കാത്ത ഒരു വസ്തു കൊണ്ട് അറിയുന്നില്ലെന്ന് പറയാൻ പറ്റുമോ നീ പറഞ്ഞുക്കാത്തൊരു വസ്തു ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിനെ അത് അറിഞ്ഞു കഴിഞ്ഞു ഉത്പന്നമായി അടുത്ത ക്ഷണം നശിച്ചുപോയി എന്ന് പറഞ്ഞാൽ കാര്യമുണ്ടോ ഉത്പന്നമായി അടുത്ത ക്ഷണം നശിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഉത്പന്നമായി അറിഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് വസ്തു കൊണ്ട് ജ്ഞാനമില്ല അങ്ങനെ സംഭവിക്കത്തില്ല നമ്മൾ വിചാരിക്കും സാധാരണ പറയാറുണ്ടെന്ന ഈ ലോകത്ത് ഒരുപാട് വസ്തുക്കളുണ്ട് ഞാൻ അറിയാത്തതെന്ന് പറയും അറിൽപ്പെടാതെ ഒന്നുമില്ല അറിയുന്നതേ എന്താ അരുൾപ്പെടാത്ത ഒരു വസ്തു അങ്ങനെയൊന്നുമില്ല എന്തോ അറിയുന്നു ഏതെങ്കിലും നിരക്കൽ അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു അനുകൂലമായി പ്രതികൂലമായി ഭാവമായി അഭാവമായി പലതരത്തിലും വസ്തു അറിയുന്നു അതുകൊണ്ട് വസ്തുജോതികിഞ്ചെന്ന ന്യായതെ വസ്തു കൊണ്ട് അറിയുന്നില്ല എന്ന് പറയുന്നത് ശരിയല്ല വസ്തു ഉണ്ടെങ്കിൽ അറിയുന്നുണ്ട് ഇതാണ് മുഖ്യമായ സിദ്ധ ജാഗ്രതയിലും സ്വപ്നത്തിനും നോക്കണം ഏതെങ്കിലും ഒരു വസ്തു കൊണ്ട് അറിയാതിരിക്കുന്ന അത് സംഭവിക്കുന്ന വസ്തു കൊണ്ടെങ്കിൽ അറിയും ഇപ്പം എന്തായാലും മനസ്സിലാവുന്നത് ജ്ഞാനം നിത്യമായിരിക്കുന്നു ഇതെല്ലാം പറയുന്നെന്തുകൊണ്ടാണ് ഈ ശരീര സംഘാതത്തിൽ നിന്ന് ഉണ്ടായി ഒന്നാണ് ജ്ഞാനം ശരീരം നശിക്കുന്നോളും ജ്ഞാനം നശിച്ചു ആ ജ്ഞാനത്തിന് നിങ്ങൾ ആത്മാവാണ് നിത്യമാണ് ശുദ്ധമാണ് മുക്തമാണെന്ന് പറഞ്ഞു ആത്മാവിന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി പ്രവർത്തിക്കുക ആത്മാവിന്റെ സാക്ഷാത്കാരത്തിനുവേണ്ടി ലോകത്തെല്ലാം ഉപേക്ഷിക്കുക ഇതെല്ലാം ശുദ്ധ മണ്ഡത്തരമാണ് എന്നുള്ളതിന് സമാധാനമാണ് പറയുന്നു അങ്ങനെയല്ല വസ്തുവുണ്ടെങ്കിൽ അതറിഞ്ഞിരിക്കും സുമേരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിഞ്ഞു അങ്ങനെ ഒരു വസ്തു കൊണ്ടെന്ന് അറിഞ്ഞു പരമാണു എന്ന് പറഞ്ഞാൽ അറിഞ്ഞു അപ്പോൾ വസ്തു കൊണ്ടറിയാതിരിക്കുന്നെങ്കിൽ അപ്പൊ അറിഞ്ഞു തന്നെ തീരും അറിവിൽ നിന്ന് വസ്തുവിന് പൊളിഞ്ഞിരിക്കാൻ പറ്റത്തില്ല രൂപം ജഡ്ജസ് ദൃശ്യതയെ ചെന്ന് ചക്ഷിരി ഒരാൾ പറയാണ് വസ്തുവുണ്ട് എന്നാൽ അറിവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണു കാണുന്നുണ്ട് എന്നാൽ കണ്ടില്ല എന്ന് പറയും പോലെയാണ് ഞാനിതിനെ കാണുന്നുണ്ട് പക്ഷെ കണ്ടില്ല എന്ന് പറയും പോലെയാണ് അതേ രണ്ടും തമ്മിലുള്ള ബന്ധം അതുപോലെയാണ് വസ്തുണ്ട് അറിയുന്നില്ല അത് പറയാൻ പറ്റില്ല അറിവിനെ ആശ്രയിക്കാതെ നീക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് അത് അദൃശ്യമെന്ന് പറഞ്ഞാൽ തന്നെ അതറിവിന് വിഷയമായി ദൃശ്യം എന്ന് പറഞ്ഞാലും വിഷയമായി അറിയുന്നില്ല എന്നൊരു വസ്തുവിനെ കുറിച്ച് പറഞ്ഞാലും അതറിവിന് വിഷയമായി അറിയുന്നില്ല എന്നുള്ള അറിവിന് വിഷയമായി അപ്പം ഏത് വസ്തു കൊണ്ട് അറിയുന്നില്ല എന്ന് പറയുന്നത് കാണുന്നുണ്ട് കണ്ണില്ല എന്ന് പറയും പോലെ ആണ് വിഭിചരത അങ്ങനെ സംഭവിക്കാം ജ്ഞാനം ഞേയം കൂടാതിരിക്കാം സുശൃത്തിയിൽ ജ്ഞാനമുണ്ട് അവിടെ ജേയമില്ല ജ്ഞാനത്തിനങ്ങനെ ശേഷിയുണ്ട് വിഷയത്തെ കൂടാതെ ജ്ഞാനത്തിന് നയിക്കാം പക്ഷേ എന്നാ വിഭിചരതി കൊതിച്ചവി ജ്ഞാനം ജേയം പക്ഷെ മറിച്ച് സംഭവിക്കത്തില്ല വസ്തുവുണ്ട് അറിയുന്നില്ല അങ്ങനെ സംഭവിക്കത്തില്ല ന്യം ഉണ്ട് പക്ഷെ അറിവില്ല അങ്ങനെ പറയാൻ പറ്റില്ല പക്ഷെ അറിവുണ്ട് വസ്തുവില്ല അങ്ങനെ പറയാം അതിന് ഉദാഹരണ ശക്തിയാണ് അറിവുണ്ട് വസ്തുവില്ല അങ്ങനെ പറയാം അതാണ് ജ്ഞാനജേയങ്ങളുടെ ബന്ധം അതാണ് വിവിചരിത്തു ജെയും ഞാനും വ്യവിചരി കഥാചിത്ത വിജ്ഞയും ജ്ഞാനത്തിനും ഒരു വിഷയം തന്നെ വേണമെന്നില്ല ഏത് അങ്ങനെ മാറിക്കൊണ്ടിരിക്കുക ഘടജാനുള്ളടത്ത് പടജ്ഞാനം ഇല്ല പക്ഷെ പടജ്ഞാനമുള്ള ഘടജ്ഞാനവും അങ്ങനെ സംഭവിക്കാം പക്ഷെ വസ്തു ഉണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ജ്ഞാനം ഇവിടെ ഉണ്ടായിരിക്കുന്നു പക്ഷെ ഞേം അങ്ങനെയല്ല എന്ന കഥാപാചിത്തൊപ്പി ഞാനും ഞേം വിഭേചനത്തി ജ്ഞാനത്തിന് വസ്തുവിൻ്റെ ആശയവും ഇല്ല വസ്തുവിൻ്റെ ആശ്വരം കൂടാതെ ജ്ഞാനത്തിന് അതാണോ സുഷൃത്തിയിലെ ജ്ഞാനം എന്ന് പറയുന്നു ജേയാ ഭാവിയെ ഞെയാന്തര ഭാവ ജ്ഞാനത്തിന് പ്രത്യേകിച്ച് എന്താണോ ഇപ്പം ജ്ഞാനം ഇവിടെ മേശയില്ല എങ്കിൽ പുസ്തകത്തിന് ഞാനും കാണും വസ്തുവില്ലെങ്കിൽ മേശയും ഞാനും കാണും ഒരു വസ്തുവിൽ ഞാനും ഇല്ലെങ്കിൽ മറ്റു വസ്തുവിൽ ഞാനും ഉണ്ടാക്കും അതില്ലെങ്കിൽ മറ്റു വസ്തുവിൽ വിഷയങ്ങളിൽ നിന്നും വിഷയങ്ങളിലേക്ക് ഞെയ്യാന്തരേ നെയ്യങ്ങളിൽ നിന്നും ഞെയിലേക്ക് ഞാനും നിലനിൽക്കും ഒരു ഞേ ഇല്ലെങ്കിൽ വേറൊരു ജെയും പുസ്തകത്തെക്കുറിച്ചുള്ള അറിവില്ലെങ്കിൽ മേശയെക്കുറിച്ചുള്ള അറിവ് അതിനെക്കുറിച്ച് അറിവില്ലെങ്കിൽ ഇങ്ങനെ നാനാ രീതിയിലുള്ള അറിവ് സംഭവിച്ചുകൊണ്ടേയിരിക്കും പക്ഷെ വിഷയങ്ങൾ അങ്ങനെയല്ല വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം വിട്ടു നീക്കാം ഏകമായ അദ്വൈതമായ സുഹൃത്തിയിൽ വിഷയങ്ങളൊന്നുമില്ല പക്ഷെ ഞാൻ അവിടെ നിന്ന് നോക്കുന്നു Sunday, Sunday, Sunday. One, three, one, four. Ready, five. എബ്ജിക്ക് വേണം